감이 dFih dizer Young Vega සස් සස් සඤා මඩි සල සම මන් සල මන Coast සිනෙත්නන් monumental Bruno Galindo 해서 a paste within the international archive සඩි කානෙන approximations සලග් Reynolds සමන්ාන概 Rosie ഇതുവരെയുള്ള ഭാഗങ്ങളെ കുറിച്ച് പറയുകയാണ് ഇതുവരെയുള്ള ഭാഗങ്ങളുടെ താല്പര്യം എന്താണ് ഓങ്കാരം നിർണ്ണയം ഓങ്കാരത്തിന്റെ താല്പര്യത്തെ നിർണയിക്കുക അതെന്താണ് എങ്ങനെ നിർണയിച്ചു പ്രപഞ്ചോപശവമാണ് ശിവ അദ്വൈത പ്രപഞ്ചോപശവമാണ് ശിവമാണ് അദ്വൈതമാണ് ഇതെല്ലാം വിശദീകരിച്ചാണ് അതുതന്നെയാണ് താൻ ആത്മാ ഇവിടുത്തെ ചിന്ത എപ്പോഴും ആത്മനിഷ്ഠമായിട്ടാണ് പ്രപഞ്ചത്തിന്റെ ഉപശമമാണ് ശിവമാണ് അദ്വൈതമാണെന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിലത് ഒരു വസ്തുവാണ് എന്ന് തോന്നും പ്രപഞ്ചം പോലെ ഉള്ള മറ്റൊന്ന പ്രപഞ്ചശൂന്യമായ ഒന്ന് അങ്ങനെ തോന്നിപ്പോ കണ്ട് പറയുന്നു ആത്മാ അത് ശ്രോതാവിന്റെ സ്വരൂപമാണ് പക്ഷെ അത് വിശദീകരിച്ചെല്ലാം ചർച്ച ചെയ്തിട്ടും ഇവിടെ ഭാഷകാലം പറയുന്നത് പ്രതിജ്ഞ മാത്രേയാണ് അത് കേവലര് പ്രതിജ്ഞ മാത്രമേ ആയുള്ളൂ എന്നുവെച്ചാൽ അയമേവം ഇതിങ്ങനെയാണ് എന്നൊരു കാര്യത്തെ കുറിച്ച് പറയുന്നതിനാണ് പ്രതിജ്ഞ എന്ന് പറയുന്നത് എന്നാൽ പ്രതിജ്ഞ മാത്രയാണ് വസ്തുസ്ഥിതി അങ്ങനെ പലയിടത്തും പറയും കേവല കാര്യം ഇങ്ങനെയാണ് അല്ലെങ്കിൽ കേവലം ഒരു കാര്യം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ ശ്രദ്ധിക്കത്തില്ല അങ്ങനെയാണ് താർക്കികന്മാർ പറയുന്നത് ഹേതു ഉദാഹരണം ഉപനയം നിഗമനം എന്നെല്ലാം പറയുന്നു അതിന് വേണ്ടുന്ന മറ്റു കാര്യം കൂടി പറയുന്നു പ്രതിജ്ഞ മാത്രമാണെങ്കിൽ പിന്നെ അവിടെ ചർച്ച ചെയ്യുക വസ്തുസ്ഥിതി പറയുക ചർച്ച മുമ്പോട്ട് പോകണമെങ്കിൽ അതിന്റെ ഹേതുവും ദൃഷ്ടാന്തം എല്ലാം പറയുന്നു ഇതുവരെ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു കേവലം പ്രതിജ്ഞ മാത്രേതു ദൃഷ്ടാന്തങ്ങളിലൂടെ എല്ലാം ഉള്ള ചർച്ച കഴിഞ്ഞു എന്നാലും പറയുന്നു പ്രതിജ്ഞ ഇതുവരെ പറഞ്ഞ അവർ പ്രതിജ്ഞയായിട്ടെടുക്കാം ഈ വിഷയത്തെ ഇതുവരെ പറഞ്ഞത് കൊണ്ടൊരാൾക്ക് ബോധ്യം വന്നിട്ടില്ലെങ്കിൽ ഇന്നുവരെ പറഞ്ഞതിന് എണ്ണം ഒരു പ്രതിജ്ഞയായിട്ടെടുത്താകും എങ്ങനെയാണ് ആത്മ തുരിയൻ എന്ന് പറയുന്ന ഒരു വസ്തുവിനെ കുറിച്ച് പറഞ്ഞു ബോദ്ധിമന്ദരങ്ങളിൽ വീണ്ടും ചർച്ച ചെയ്യാൻ തയ്യാറാണ് അതാണ് മൂന്നാമത്തെ പ്രകടനത്തിൽ വീണ്ടും ഹേതു ഉദാഹരണങ്ങളിലൂടെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് ഈ വിഷയത്തിലുള്ള സംശയങ്ങൾ മാറ്റുക വിപരീതജ്ഞാനങ്ങളെ ഇല്ലാതാക്കുക ഇതിനുള്ള അജ്ഞാനത്തെ നശിപ്പിക്കുക അതെല്ലാം ഇനിയുമാകാം എന്നാണ് ഇതുവരെ പറഞ്ഞതിനൊരു പ്രതിജ്ഞയായി സ്വീകരിച്ചാൽ മതി എന്നാണ് വാസ്തവത്തിൽ അങ്ങനെയല്ല ഇതുവരെ പറഞ്ഞതും വിശദമായ ചർച്ചയായിരുന്നു പക്ഷെ ചർച്ചയുടെ പ്രയോജനം എന്താ ഇത് ബോധ്യപ്പെടുക പറഞ്ഞല്ലോ ഒന്നുകിൽ ഇത് ശ്രവണം കൊണ്ട് ബോധ്യപ്പെടാം ശ്രവണം കൊണ്ട് അത് അസാധ്യമാണെങ്കിൽ പിന്നെ മനനം തുടരുക അതല്ലാതെ വരെ വഴിയില്ല അതിങ്ങനെ അവസാനിക്കാതെ പോകുന്നതാണ് ഈ അന്തമില്ലാത്ത ശാസ്ത്രങ്ങൾ പലർക്കും ശ്രവിക്കാൻ തന്നെ കിട്ടുന്നില്ല ശ്രവിച്ചാൽ തന്നെ രക്തത്തെ ബോധിക്കാൻ കഴിയുന്നില്ല എന്നിങ്ങനെ ശ്രുതി തന്നെ പറയുന്നുണ്ട് അതിനെ സ്മരിച്ചുകൊണ്ടുകൂടെ പറയാണ് വീണ്ടും ഇതിന്റെ ചർച്ച മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഞാതെ ദ്വൈതം എന്ന വിദ്യു പരമാർത്ഥത്തെ ബോധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ദൈതമില്ല പിന്നെ ചർച്ചയും ഇല്ല ഇതും ഇതിന്റെ തത്രം മുമ്പ് പറഞ്ഞു കഴിഞ്ഞാണ് പക്ഷെ ബോധിച്ചില്ലെങ്കിലും ഇവിടെ ശ്രുതി വീണ്ടും വീണ്ടും ബോധിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ശ്രോതാവ് വീണ്ടും വീണ്ടും മനനം ആവർത്തിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് വീണ്ടും ഇത് തുടരുന്നു എന്നാണ് മനസ്സിൽ തോന്നും ഇതെന്താണ് ഇത് അവസാനിക്കാത്തത് ജിജ്ഞാസന്ന് വിളിത്തി ഇവരീത് തുറന്നുകൊണ്ടിരുന്നാലേ പറ്റും ഇത് പറയുന്നത് ജിജ്ഞാസ ഉള്ളവന് മുമ്പിലാണ് ആമരനോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല ആത്മതത്വത്തെക്കുറിച്ചുള്ള സാമാന്യജ്ഞാനമുള്ള ഒരുവന് അതിന്റെ അനുഭവം ഉണ്ടാകുന്നില്ല അതിന്റെ പരമാർത്ഥം സ്വയം ബോധിക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ അതിനുള്ളൊരു ഉപായുള്ള നിലയ്ക്ക് ഇവിടെ നിർദ്ദേശിക്കുന്നത് ഇതിന്റെ മനനമാണ് വേറൊന്നുമില്ല മനനമല്ലാത്ത കാര്യങ്ങളെക്കൊന്ന് നിഷേധിക്കുന്നു ദേവിധാവസ്തു വൈദഗ്ധ്യ പ്രകടന സ്വപ്നമായ ഗന്ധർവ നഗരാതി ദൃഷ്ടാന്തേഹി ദൃശ്യത്വാദി അന്തപത്വാദി ഹേതുബി തർക്കേണജ പ്രതിപാദിത കേവലം പ്രതിജ്ഞ മാത്രമല്ല ഇത് യുക്തിയുക്തമായി സമർപ്പിച്ചു അദ്വൈതത്തെ സമർപ്പിച്ചാൽ മാത്രം പോലെ വാസ്തവത്തിൽ അദ്വൈതം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രശ്നമേ അല്ല മെ പ്രശ്നമായിരിക്കുന്നത് ദ്വൈതമാണ് അതുകൊണ്ട് ദ്വൈതത്തിന്റെ അഭാവത്തെയാണ് ഇവിടെ ആദ്യം സമർപ്പിച്ചത് അദ്വൈതം ആരുടെയും അനുഭവത്തിലില്ല അനുഭവത്തിൽ ഇല്ലാത്ത കാര്യമായതുകൊണ്ട് തന്നെ അദ്വൈതം ആർക്കും ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ദ്വൈതം അങ്ങനെയല്ല ദ്വൈതം ജിജ്ഞാസക്കൾക്കെല്ലാം പ്രശ്നമാണ് ദവൈതമാണ് ഈ ചോദ്യങ്ങളെയൊക്കെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ദ്വൈതത്തെ നിഷേധിക്കുക ദ്വൈതത്തിന്റെ അഭാവത്തെ ബോധ്യപ്പെടുത്തുക അത് വൈദ്യുതി പ്രകടനത്തിൽ അതാണ് ചെയ്തത് എങ്ങനെ സ്വപ്നമായ ഗന്ധർവ്വെന്നവരാതി ദൃഷ്ടാന്തം ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം അവിടെ പറഞ്ഞിട്ട് ദൈതം ഇതുപോലെയാണോ ഇതിന് സമം ദൈതത്തെ ഗ്രഹിക്കണം എന്നവിടെ ബോധിപ്പിച്ചു അതുപോലെ ഒരു പ്രതിജ്ഞ മാത്രമല്ല അതിന് ഹേതുക്കളും പറഞ്ഞു ദൃശ്യത്വാദി അന്തപത്വാദി ഹേതു ദൃശ്യമായതുകൊണ്ട് ഒരു സത്യമല്ല സത്യമായിരിക്കുന്ന ദൃശ്യമാകത്തില്ല കാഴ്ചക്ക് വിഷയമാകത്തില്ല കാഴ്ചക്ക് വിഷയമായിരിക്കുന്ന ഒന്നും തന്നെ പരമാർത്ഥമല്ല അന്തവത്വം ഇവിടെ സർവമുണ്ടായി നശിച്ചുകൊണ്ടിരിക്കുന്ന കാണുന്നു സത്യം അങ്ങനെയാകാം വഴിയില്ല ഇങ്ങനെ ഹേതുക്കളെ കൊണ്ട് തർക്കേണ യുക്തി കൊണ്ട് മുമ്പും പ്രതിപാദിച്ചതാണ് എന്നാൽ അദ്വൈതം ആഗമം മാത്രേണ പ്രതിപത്തവ്യം അഹോസിണാ ശക്തിജ്ഞാതം അദ്വൈതം കേവലം ശ്രുതിയിൽ നിന്ന് മാത്രമേ ധരിക്കാൻ കഴിയുമോ ശ്രുതിയാണ് ഇതിന് പ്രമാണമെന്ന് പറഞ്ഞു ശ്രുതി ഇതിനെ ബോധിപ്പിക്കുന്നു പക്ഷെ ശ്രുതി ബോധിപ്പിച്ചിട്ടും ഇത് ബോധിക്കുന്നില്ല പിന്നെന്താ അടുത്തപടി ആകമ ശ്രുതി മാത്രമേ ഉള്ളൂപായവെങ്കിൽ ശ്രുതി ബോധിപ്പിച്ചിട്ടും ഈ തത്വത്തെ അനുഭവപ്പെടാതിരിക്കുക ഇനി എന്താ വഴി പലതവണ ആവർത്തിച്ച് ശ്രുതി ബോധിപ്പിച്ചിട്ടുണ്ട് ഇത് ബോധിക്കുന്നില്ല നിശ്ചസ്വാനുഭവത്തിൽ വരുന്നില്ല അങ്ങനെ വരുമ്പോ പിന്നെന്താണ് തെർക്കേണാവി ഇതിന് മനനം ശ്രവണത്തിനടുത്ത പടിയായി വരുന്ന മനനം കൊണ്ട് സാധിക്കുമോ വിചാരം കൊണ്ട് ഇതിനെ ബോധിക്കാൻ പറ്റുമോ എന്ന് പറയുന്നു ആഹാശക്തി തർക്കീണാവിജ്ഞാനം മനനം കൊണ്ടും സാധ്യമാണോ ശ്രവണം കൊണ്ട് സാധ്യമല്ലെങ്കിൽ മനനം കൊണ്ട് സാധ്യമാണോ അതുകൊണ്ടാണ് ഈ ചർച്ചയിങ്ങനെ നീണ്ടുപോകുന്നത് അല്ലെങ്കിൽ എന്നെ അവസാനിക്കേണ്ട ശ്രവിച്ചു സ്വാനുഭവത്തിൽ വരുന്നില്ല അതുകൊണ്ട് അതിനെ അങ്ങ് ഉപേക്ഷിക്കുക അങ്ങനെ ഒരു നിലപാടല്ല ശാസ്ത്രത്തിന് ശ്രമിച്ചത് കൊണ്ട് ഒരാൾക്ക് അനുഭവത്തിൽ വരണമെന്നില്ല വന്നേക്കാം വരാതെ ഇരിക്കാം പിന്നെ അടുത്ത് മനനം അതാണ് ഇവിടെ പറയുന്നത് നമ്മൾ സാധാരണ ഒരു ധാരണയുണ്ട് എന്താണ് മനനം ചെയ്യുക എന്ന് വെച്ച് ചിന്തിക്കുക ചിന്തിക്കു പറയുന്നത് മനസ്സ് പ്രവർത്തിക്കുകയാണ് അപ്പം മനസ്സ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമാധിക്ക് ഭംഗം വരും ഇതറിയുന്നത് സമാധിയിലെ പറ്റും അപ്പം ചിന്തിക്കാതിരിക്കണം എന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത് ചിന്തയാണ് ദോഷം ചെയ്യുന്നതെന്ന് ഇവിടെ പറയുന്നത് അങ്ങനെയല്ല ശക്തി തർക്കണം അഭിജ്ഞാതും ഈ അദ്വൈതത്തെ ബോധിക്കുന്നതും മനനം കൊണ്ടുമാകാം മനസ് ചലിക്കുന്നതൊന്നും അദ്വൈതത്തെ ബാധിക്കുന്നില്ല അദ്വൈതത്തെ ബോധിക്കുന്നതിനത് തടസ്സവുമല്ല അതുപോലുള്ള ആൾക്കാർ മനസ്സിനെയൊക്കെ നിരോധിച്ച് സമാധിപ്പാഗ്രഹിക്കുന്നു ഇവിടെ അങ്ങനെ വ്യക്തമായി പറയുന്നു ഇത് തർക്കം കൊണ്ടും ഇതിനറിയാൻ പറ്റും നൈഷാവ് തർക്കേണമതിരാഭിനു നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഇത് തർക്കം കൊണ്ട് സാധ്യമല്ല ഇവിടെ വ്യക്തമായിട്ടും പറയുന്നതാണ് തർക്ക തർക്കം കൊണ്ടും എന്ന് പറഞ്ഞാൽ ശ്രവണം കൊണ്ട് മാത്രമാണ് മനനം കൊണ്ട് സാധ്യമാകും തർക്കം കൊണ്ട് സാധ്യമല്ല എന്ന് പറയുന്നതോ മനനം കൊണ്ട് അത് ശ്രവണത്തിനനുസരിച്ച മനനം കൊണ്ടാണെങ്കിൽ സാധ്യമാകും ശ്രവിക്കുന്നതൊന്നും മനണം മറ്റൊന്നും ആയാൽ രണ്ടും രണ്ടു വഴിക്ക് പോയാൽ ശരിയാകത്തില്ല ശ്രുതി ബോധിപ്പിക്കുന്നതാണ് നമ്മൾ ശ്രവിക്കുന്നത് തത്വത്തെ തന്നെ ശ്രവിക്കണം ആ തത്വത്തെ ശ്രവിക്കുന്നവന് ശ്രവിച്ചു തത്വത്തെക്കുറിച്ചൊരു ഏകദേശ ജ്ഞാനം ഉണ്ടായി അനുഭവത്തിലേക്ക് വരുന്നില്ല എന്താണ് സംശയങ്ങൾ വരുന്നുണ്ട് മറ്റ് ശാസ്ത്രജ്ഞാനം കൊണ്ടോ ലോകജ്ഞാനം കൊണ്ടോ എല്ലാം വരുന്ന സംശയങ്ങൾ അതങ്ങനെ ആയിക്കൂടെ ഇങ്ങനെ ആയിക്കൂടെ ഇതെങ്ങനെ ശരിയാകും ഇതെല്ലാം പിന്നെ പരിഹരിക്കാനൊരു വഴിയേ ഉള്ളൂ തർക്കം മനനം അതുകൊണ്ട് അത് സാധ്യമാണ് പിന്നെ മനസ്സ് പലയിടത്തും ചിലയിടത്തൊക്കെ പറയുന്നതാണോ മനസ് ചലിക്കുന്നതാണ് പ്രപഞ്ചം മനസ്സ് ചലിക്കാതിരുന്നാൽ ബ്രഹ്മം എന്നെല്ലാം പറയും അവിടെ കൂടെ മലനം കൊണ്ടിതെങ്ങനെ സാധ്യമാവും മനനം ചെയ്യുമ്പോൾ മനസ്സ് ചലിക്കുമല്ലോ മനസ്സ് ചലിച്ചത് ആരെങ്കിലും ബോധപൂർവം ചലിപ്പിച്ചതല്ല എന്തായാലും മനസ്സിന്റെ ചലനം സംഭവിച്ചത് എന്തുകൊണ്ട് ബോധപൂർവം ചലിപ്പിക്കുന്നതല്ല എന്ന് പറഞ്ഞു സുഷുപ്തിയിൽ മനസ്സ് ചലിച്ചില്ല ജാഗ്രത്തിലേക്ക് വന്നു ബോധപൂർവമല്ല ജാഗ്രതത്തിലേക്ക് വന്നാണ് മനസ്സിന്റെ ചലനം സ്വപ്നത്തിലേക്ക് പോയതും ബോധപൂർവമല്ല എന്താണതിന് കാരണം കുറേ സംസ്കാരമാണെന്നോ വാസനയാണെന്നോ അങ്ങനെയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ ഉത്തരമാകാത്തോണ്ട് പറയും എന്താണത് അവിദ്യയാണ് അല്ലെങ്കിൽ മായയാണ് ശരിക്കും അത് ഉത്തരം കിട്ടാത്തതുകൊണ്ട് പറയുന്ന എന്തായാലും മനസ്സ് ചലിക്കുന്നു ആ മനസ്സ് ചലിക്കുന്നതിന്റെ കാരണം ആലോചിച്ചാലും ഒട്ടും പുരി കിട്ടത്തു അപ്പോ അത് ആരും ബോധപൂർവം ചലിപ്പിച്ചാൽ അതുകൊണ്ട് തന്നെ എന്താണ് മനസ്സ് മനനം ചെയ്തില്ലെങ്കിൽ ചലിച്ചുകൊണ്ടേ മനസ്സിന്റെ സ്വഭാവം ബഹിർമുഖമായി അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു ആത്മതത്വത്തെ വിസ്മരിച്ച് പ്രവർത്തിച്ചുകൊണ്ടേ എന്തായാലും മനസ്സ് ചലിക്കുന്നതുകൊണ്ട് ഈ ജീവൻ സംസാരത്തിൽ തന്നെ ഈ പ്രപഞ്ചത്തിൽ തന്നെ അപ്പറയുന്നത് ശരിയാണെന്താണ് മനസ്സ് ചലിച്ചാൽ പ്രപഞ്ചമാകും എന്ന് പറയുന്നത് ശരിയാണ് പക്ഷേ അതിൽ നിന്നുള്ള നിവൃത്തി മനസ്സിന്റെ നിഷ്പധമായ അവസ്ഥക്ക് ഇവിടെ ഉപായമായി പറയുന്നു മനനം തന്നെ അതാണ് അദ്വൈതത്തിൽ പറയുന്നത് മനസ്സിന്റെ നിരോധം കൊണ്ട് അത് പൂർണ്ണമായും സാധിക്കത്തില്ല മറിച്ച് മനനം കൊണ്ടേ അത് സാധ്യമാകും അതാണ് ഇനി പറയാൻ പോകുന്നത് കാരണം സ്വേച്ഛയോടെയെല്ലാം മനസ്സ് ചലിച്ചത് അത് സഹജമായിട്ട് തന്നെ അങ്ങ് സംഭവിച്ചു എന്റെ ഉപായമോ മനനത്തിലൂടെ തന്നെ ഈ പരമാർത്ഥത്തെ ബോധിപ്പിക്കുക മനസ്സ് ചലിക്കാതിരിക്കുന്നോണ്ട് വിശേഷ പറയൂ എന്താണ് മനസ്സ് ചലിക്കാതിരുന്നാൽ ബ്രഹ്മം എന്ന് പറയും അത് പറയുന്നെന്താണ് ബ്രഹ്മത്തിന്റെ വാസ്തവ സ്വരൂപം അത് നിഷ്ക്രിയമാണ് നിഷ്പധമാണ് എന്ന് ബോധിപ്പിക്കാനും അല്ലാതെ നമ്മൾ ഈ ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനസ്സ് നിശ്ചലമായി കഴിഞ്ഞാൽ ബ്രഹ്മമാകുന്നല്ലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ സുഷുയിലാകേണ്ടതാണ് അല്ല സുഷുതിയിൽ നിശ്ചലമാകുന്നില്ല പക്ഷെ ഒന്നും ആകുന്നില്ല വീണ്ടും പഴയതുപോലല്ല എന്തുകൊണ്ട് അതും സ്വേച്ഛയാലല്ല ആഗ്രഹിച്ചിട്ടല്ല അത് സംഭവിക്കുന്നത് ഗ്രഹിച്ചോ ആഗ്രഹിക്കാതെ സംഭവിക്കുക സഹജമായി തന്നെ ഇത് നിശ്ചലമാകുന്നു സുഷ്ട് ചെയ്തു അപ്പൊ കേവലം നിശ്ചലമാകുന്നുകൊണ്ട് മാത്രം വിശേഷതയൊന്നുമില്ല വീണ്ടും ഉണരും വീണ്ടും സംസാരം അനുഭവപ്പെടും ഇതിൽ നിന്ന് സ്വാതന്ത്ര്യം വരുന്നില്ല അതുകൊണ്ടാണ് ഇത് അനന്തം എന്ന് പറയുന്നത് മനസ്സ് മനനത്തിലൂടെ നിശ്ചലമാണ് അതിന് മനനം കൂടിയേ തീരൂ അതുകൊണ്ട് പറയുന്നു തർക്കേണാവിജ്ഞ അതും തർക്കത്തിലൂടെ മനനത്തിലൂടെ പരമാർത്ഥത്തെ ബോധിക്കാം എന്നാണ് തത് കഥം ഇത് അദ്വൈത പ്രകടന ആരംഭിച്ചത് അതുകൊണ്ടു വേണ്ടിയിട്ടാണ് മനനത്തിലൂടെ ഈ മനസ്സെങ്ങനെ നിശ്ചലമാകും വെറുതെ നിശ്ചലമായപ്പോ മനനത്തിലൂടെ പരമാർത്ഥ തത്വത്തെ ബോധിപ്പിച്ചിട്ട് മനസ് പിൻവാങ്ങുന്നതാണ് അതിനുവേണ്ടിട്ടാണ് അദ്വൈത എന്ന് പറയുമ്പോൾ പുതിയ എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ നമ്മൾ ഇതുവരെ മനസ്സിലാക്കാത്ത ഒരു കാര്യമൊന്നും ഇവിടെ പറയുന്നു മനസ്സിലാക്കിയ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു പുതിയൊരു കാര്യം പറയുന്നില്ല ഓർമ്മിപ്പിക്കുന്ന രീതിക്ക് അല്പം വ്യത്യാസം എന്താണ് അദ്വൈതപ്രകടനത്തിൽ പറയുന്നത് ഉപാസനാദി ഭേദജാതം പലതരത്തിലുള്ള ഉപാസനകളുണ്ട് പലതിനും മനുഷ്യ ഉപാസിക്കുന്നുണ്ട് ഉപാസന എന്ന് പറഞ്ഞാൽ ധ്യാനം ഉപാസ്യെന്ന് പറയുന്നത് ധ്യേയായിരിക്കുന്നത് ഇവിടെ നാനാ വിഷയങ്ങളെയാണ് മനുഷ്യൻ ധ്യാനിക്കുന്നത് ധ്യാനിക്കുന്നതെന്ന് പറയുമ്പോൾ അത് ലൗകികവുമാകാം ആത്മീയവുമാകാം ആത്മീയമായ വിഷയങ്ങളെയും ധ്യാനിക്കുന്നുണ്ട് ലൗകികമായ നാനാ വിഷയങ്ങളെ മനുഷ്യൻ സഹജമായി ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു ഏതെങ്കിലും ഒരു വിഷയത്തിൽ മനസ്സ് വന്നു ഊന്നിയാൽ അത് ഉപാസനയായി അത് ധ്യാനമായി അറിഞ്ഞാലും ശരി ശരി ലൗകികമായാലും ശരി ഇതെല്ലാം ഇവിടെ ഉപാസി ഉപാസനകളായി പറയുന്നു ഇവിടെ പിന്നെ ഉപാസന എന്ന് പറയുമ്പോൾ ശ്രുതിയിലും മറ്റും നിർദ്ദേശിച്ചിരിക്കുന്ന ഗിരണ്യർ ഉപാസന എന്നെല്ലാം പറയുന്ന പോലെയുള്ള ഉപാസനകൾ ഉൾപ്പെടെയുള്ള സർവ്വതം സർവം വിദധം ഇത് സർവം അസത്യമാണ് പരമാർത്ഥത്തെ ബോധിക്കാതെയുള്ള സർവ്വോപാസനകളും സർവധ്യാനങ്ങളും സമ്പ്രദായങ്ങളും എല്ലാം അസത്യമാണ് കേത്മാദ്വീയ പരമാർത്ഥ അദ്വീയനായിരിക്കുന്ന ആത്മാവ് അത് പരമാർത്ഥമാണോ ഇതുവരെ ബോധിപ്പിച്ചത് അതാണെന്നാണ് പറയുന്നത് ഈ സ്ഥിതം അതീതെ പ്രകരണേ യഥ ഇത്രയെങ്കിലും ഒരാൾ ബോധിക്കണം രണ്ടു പ്രകരണങ്ങളിലും അതാണ് ബോധിപ്പിച്ചത് എല്ലാ ധ്യാന സമ്പ്രദായങ്ങളും ധ്യാനരീതികളും ഇതൊന്നും പരമാർത്ഥമല്ല എന്ന് പറയുമ്പോ തെറ്റിദ്ധരിക്കുന്നത് എന്താണോ അവിടെ ധ്യാനിക്കരുതെന്ന് പറയുകയല്ല ധ്യാനത്തിന് ഫലമില്ലെന്ന് പറയുകയല്ല അദ്വൈതമായിരിക്കുന്ന ആത്മാവിന്റെ തലത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ് മറ്റ് ഓരോ ധ്യാനങ്ങൾക്കും അതിന്റേതായ ഫലം ശ്രുതി തന്നെ പറഞ്ഞിരിക്കുന്നു അതിന് ഫലമില്ലെന്ന് പറഞ്ഞാൽ ശ്രുതി തന്നെ അപ്രമാണമായിരിക്കും അപ്പൊ ധ്യാനങ്ങളും സമ്പ്രദായങ്ങളും അഭ്യാസങ്ങളും എല്ലാം ശരി അതെല്ലാം നിൽക്കട്ടെ പക്ഷെ ഇവിടെ പരവുമായി അദ്വേയമായിരിക്കുന്ന ആത്മാവ് ആത്മതത്വം അതിനെ ബോധിക്കാതെയുള്ള ബാക്കി സമ്പ്രദായങ്ങൾ ബാക്കി ധ്യാനങ്ങൾ ഉപാസനകൾ ഓരോരോ ഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നവ അതൊന്നും നല്ല പരമാർത്ഥമാണ് ആത്മാവാണ് പരമാർത്ഥമെങ്കിൽ അത് ബോധിക്കുക ആ പരമാർത്ഥത്തെ ബോധിക്കുക മറ്റുപാസനകളിൽ മനസ്സിനെ കുരുക്കേണ്ട കാര്യമില്ല എന്നാണ് കഴിഞ്ഞത് കഴിഞ്ഞ പ്രകടനത്തിൽ ഉപാസനാശ്രിത ഉപാസനാശ്രിതോ ധർമ്മോ എന്ന് പറയുന്ന പരിഗമേകന്തി ഉപാസനാചരത വാസനമാത്മനോ മോക്ഷസാധനത്യേന ഘടഃ ഉപാസകോ അഹം मम ഉപാസ്യം ബ്രഹ്മ തദ്വാസനാംകൃत्वा ജാദേ ബ്രഹ്മണീ ഇദാനിമർത്മാനോ അജം ബ്രഹ്മശരീരവാദോ ഊർദ്ധവം പരിപർസീ പ്രാഗുപ്പത്യേഷ്യ അജം ഇദം സർവമഹം ച യഥാത്മകോ അഹം പ്രാഗുത്പത്തെം ജാത ജാതി ബ്രഹ്മ ച വർത്തമാന ഉപാസനയാദൈവ പ്രതിപത്സേസോധ സാധവോ ക്ഷുദ്രബ്രഹ്മവിനോ കാരണേന കൃപണോ ദീനോ അർപ്പബ്രഹ്മദർശിഭീരിഭിപ്രായ ഉപാസനം പലതരത്തിലുണ്ടെന്ന് പറഞ്ഞല്ലോ ഈ പരമാർത്ഥത്തെ ബോധിക്കാതെയുള്ള ഉപാസനകൾ ധ്യാന സമ്പ്രദായങ്ങൾ ഇതെല്ലാം വളരെ ക്ഷുദ്രമാണ് അല്പമാണ് ഇതൊന്നും തത്വബോധത്തെയോ മുക്തിയോ കൊടുക്കത്തില്ല അതാണ് ഇവിടെ പറയുന്നത് ഉപാസനാശ്രിത ഉപാസന ആത്മനഹ മോക്ഷ സാധനത്വനകഥ ഒരാൾ മനസ്സിലാക്കി എന്താണോ ഈ മോക്ഷത്തിന് ഉപായമായിരിക്കുന്ന ഉപാസനയാണ് ധ്യാനമാണ് അതാണ് മോക്ഷത്തിന് സാധനം എന്ന് അയാൾ മനസ്സിലാക്കി ഗുരു പറഞ്ഞ് അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി അതുകൊണ്ട് അയാൾ സ്വയം കരുതുന്നു ഉപാസകോഹം ഞാൻ ഉപാസകനാണ് ഞാൻ ഉപാസകനാണെന്ന് സ്വയം കരുതുന്നു പലർക്കും അങ്ങനെയുള്ള അഭിമാനമുണ്ടല്ലോ ഞാൻ ധ്യാനിക്കുന്നവനാണ് മമ്മ ഉപാസ്യം ബ്രഹ്മ ബ്രഹ്മത്തെ ധ്യാനിക്കുന്നു എന്ന് കരുതുന്നു ഉപാസനാശ്രിത ജീവൻ ഉപാസനാശ്രിതനാണ് എന്നാണ് ജീവൻ എന്തെങ്കിലും ഉപാസിച്ചേ പറ്റും ധർമ്മം എന്ന് വെച്ചാൽ ഇവിടെ ജീവനം നടത്തും ജീവാത്മാവ് ജീവാത്മാവിന്റെ ഒരു സ്വഭാവത്തെ കുറിച്ച് ഇവിടെ പറയണം അവൻ ഉപാസനാശ്രിതനാണ് അവനുപാസിച്ചേ പറ്റും ഉപാസനയിൽ നിന്ന് അവനെ വ്യതിചലിപ്പിക്കാൻ പറ്റത്തില്ല ലൗകികമായ ഉപാസനകളെ കുറിച്ച് ഇവിടെ പറയുന്നു എന്താ ഇവിടെ പ്രകടനം ആധ്യാത്മികമായതുകൊണ്ട് അതുകൊണ്ട് ആധ്യാത്മിക ഉപാസനയെ കുറിച്ച് പറയുന്നു ഭൗതികമായ ചിന്തകളെല്ലാം ഉപാസനയാണ് ഏതെങ്കിലും ഒരു വിഷയത്തിനും നമ്മൾ മനസ്സർപ്പിച്ചു കഴിഞ്ഞാൽ അത് ഉപാസനയാണ് അങ്ങനെ നോക്കുമ്പോ സർവരുപാസകനാണ് അതുകൊണ്ട് പറയുന്നത് ഉപാസനാശ്രിതവും ധർമ്മ ജീവൻ ഉപാസനാശ്രിതനാണ് ആധ്യാത്മികമായി വന്നാലോ ്രഹ്മോപാസകന്മാരെ കുറിച്ച് തന്നെ പറയുന്നു തദ്പാസനം കരുത്തുക ജാതി ബ്രഹ്മണി ഇതാനിയും വർത്തമാനോ ഞാൻ നിരന്തരം ആ ബ്രഹ്മത്ത് ഉപാസിച്ചു കഴിയുകയാണ് പക്ഷെ ബ്രഹ്മത്തെക്കുറിച്ച് ആ ബ്രഹ്മം തന്റെ സ്വരൂപമാണെന്നുള്ള ബോധം അവനല്ല അവൻ അവന്റെ മനസ്സുകൊണ്ട് സൃഷ്ടിച്ച ഒരു ബ്രഹ്മത്തെയാണ് ഉപാസിക്കുന്നു ജാതെ ബ്രഹ്മണേയും ബ്രഹ്മത്തെയാണ് സൃഷ്ടിക്കുന്നു നമ്മൾ സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത് ദേവതകളെയും മറ്റു നമ്മുടെ മനസ്സുകൊണ്ട് സൃഷ്ടിച്ചിട്ട് നമ്മളതിനെ ഉപാസിക്കുന്നു അന്ന് ഈ ദേവതകൾക്കൊന്നും വലിയ സ്ഥാനമുണ്ടായിരുന്നു ശ്രുതിയിൽ ഈ ദേവതകളെ കുറിച്ചൊന്നും ചർച്ച ചെയ്യുന്നില്ല നാലുകയും എട്ട് കൈയും ഒക്കെയുള്ള ദേവതകൾ നമ്മളിന്ന് സങ്കൽപ്പിച്ച് ധ്യാനിക്കുന്നവർക്കൊന്നും അവിടെ സ്ഥാനമുണ്ടായിരുന്നില്ല അവിടെ പിന്നെ എന്താണ് അവർ പറയുന്ന ഒരു കാര്യബ്രഹ്മം അന്നത്തെ വാസകന്മാരങ്ങനെ ജാതെ ബ്രഹ്മണി അതിനു ഹിരണ്ഗർഭനെന്നും മറ്റും പറഞ്ഞ് അന്ന് നിരന്തരം അങ്ങനെ ഒന്നിനെ ശ്രുതിയിലും മറ്റും നിർദ്ദേശിക്കുന്ന രീതിയിൽ പറയണം പൌരാണികമായ അതും ഇതേ തന്നെ എടുത്തോളാം നമ്മുടെ സങ്കല്പം കൊണ്ട് അതിനെ സൃഷ്ടിച്ചിട്ട് അതിനുപാസിക്കുന്ന രീതി അതിനെ ധ്യാനിക്കുന്ന രീതി അത് തന്നെ ഇവിടെ പറയുന്നു ഇതാനും അതിന് ഞാനിങ്ങനെ മുഴുകിയിരിക്കുകയാണ് നിരന്തരം ചിലര് സർവവും ഭൗതികമായ സർവവും ഉപേക്ഷിച്ച് ഇത്തരം ഉപാസനകൾ മുഴുകിയിരിക്കാറുണ്ട് വർത്തമാനോ അജം ബ്രഹ്മശരീരബാധർദ്ധം പ്രതിപത്സിന്യവതോപാസകന്മാരെക്കാളും ശ്രീരോപാസകന്മാർക്ക് കുറച്ചുകൂടി ഉയർന്ന കാഴ്ചപ്പാടാണുള്ളത് എന്റെ സങ്കല്പത്തിലുള്ള ആ ബ്രഹ്മത്തെയാണ് ഞാൻ ഉപാസിക്കുന്നതെങ്കിലും ഉപാസന കൊണ്ട് മരണത്തിന് ശേഷം ഞാൻ പരമാർത്ഥത്തെ പ്രാപിക്കും അതോ എന്റെ അജം ബ്രഹ്മശരീരപാതൂർദ്ധം പ്രതിപക്ഷറിയാമെന്താണ് ഒരു സത്യമുണ്ട് എനിക്കയും മരിക്കുകയും ചെയ്യാത്ത ആ സത്യം ആ സത്യത്തെ എനിക്ക് ശരീരനാശത്തിന് ശേഷം പ്രാപിക്കണം അതിനുവേണ്ടി ഇപ്പോൾ ഞാൻ എന്റെ സങ്കല്പത്തിലുള്ള ബ്രഹ്മത്തെ ഉപാസിക്കുന്നുവെന്നാണ് ദേവത ഉപാസനകൾ എങ്ങനെയൊക്കെയാണ് ധരിക്കുന്നത് ഇപ്പോൾ എന്റെ സങ്കല്പത്തിലുള്ള ദേവതയെ ഞാൻ ഉപാസിക്കുന്നു എന്നതിന് മോക്ഷം കിട്ടുന്നതിന് ം നിത്യത്തെ നിത്യതയെ പ്രാപിക്കുന്ന അജമിതം സർവമഹംസ എന്തുകൊണ്ട് ഒരു പരമാർത്ഥമുണ്ട് ജനനത്തിന് മുമ്പും മരണശേഷവും എല്ലാം പരമാർത്ഥമാണ് നിലനിൽക്കുന്നത് പക്ഷെ എനിക്കിപ്പോ ആ പരമാർത്ഥത്തെ ബോധിക്കാൻ നിവർത്തിയില്ല അതുകൊണ്ട് ഞാൻ പരമാർത്ഥമല്ലാത്ത ഒന്നിനെ ധ്യാനിച്ച് ധ്യാനിച്ച് മരണശേഷം പരമാർത്ഥമായിത്തീരും ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ ഇവിടെ പറയുന്ന അദ്വൈതവും ഈ പറയുന്ന കാര്യവും തമ്മിൽ ഈ പറയുന്ന ഉപാസകനും സാനുപാസകന്മാർക്കും അദ്വൈതത്തെക്കുറിച്ച് ബോധമുണ്ട് അദ്വൈതത്തെക്കുറിച്ച് കേട്ടു ബോധമുണ്ട് അതുകൊണ്ടാണല്ലോ പറയുന്നത് പ്രാഗുത്പത്തി ഉത്പത്തിക്ക് മുമ്പും നാശത്തിന് ശേഷവും സത്യമാണുള്ളത് നമ്മുടെ ഇടയിലുള്ള ഉപാസകന്മാരും ഇങ്ങനെയാണ് ഈ പറയുന്നത് സത്യം തന്നെയാണ് സത്യമാണ് ഞാൻ അംഗീകരിക്കുന്നു പക്ഷെ എനിക്ക് തൽക്കാലം ഇത് പറ്റത്തില്ല എനിക്കിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയേ പറ്റത്തുള്ളൂ എന്നാണ് മിക്കവാറും എല്ലാവരുടെയും നിലപാട് അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് ശ്രുതിയും ആചാര്യനും ശാസ്ത്രവും എല്ലാം ബോധിപ്പിക്കുന്ന ഒരേ ഒരു സത്യം തന്നെ അത് പരമാർത്ഥമാണ് പക്ഷേ അത് പിടിച്ചാൽ പിടിയിട്ടാത്ത ഒരു കാര്യമാണ് ഈ ബ്രഹ്മം എന്ന് പറയുന്നത് അ തത്വത്തെ ഉൾക്കൊണ്ട് ആ തത്വത്തിൽ നനുസരിച്ച് നിർദ്ദേശിക്കുന്ന സാധനാ മാർഗ്ഗത്തിൽ പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറല്ല അത് എനിക്ക് പറ്റിയ ഒരു സാധനാ ഞാൻ പ്രവർത്തിക്കത്തുള്ളൂ ആരെന്തു പറഞ്ഞാലും എന്നുള്ളൊരു വാശി അതാണ് ഇവിടെയും പറയുന്നത് പരമാർത്ഥത്തെ ബോധിച്ചിട്ടും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാവുന്നില്ല അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ജാതെ ബ്രഹ്മണി വർത്തതി പരമാർത്ഥത്തിൽ നിന്നും വിട്ടുള്ള കാര്യങ്ങളിലാണ് അവരുടെ പ്രവൃത്തികളെല്ലാം സാധനങ്ങളെല്ലാം അതെല്ലാം മറ്റേതിനോട്ട് ബോധിക്കാൻ കഴിയുന്നില്ല അത് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്റെ മനസ്സുകൊണ്ട് താൻ സൃഷ്ടിച്ച ദൈവത്തെ താൻ തന്നെ ധ്യാനിച്ച് സാക്ഷാത്കരിച്ചു അങ്ങനെ വീടുകളിൽ പരമാർത്ഥത്തെ പ്രാപിക്കാം എന്നൊക്കെ വിചാരിക്കുന്നു ഇതൊന്നും പോരാ എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ മണ്ഡൂക്യത്തിന്റെ നിലയിൽ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ അബദ്ധമാണ് ഇതൊക്കെ ശരിയാകുന്ന ഭാഗങ്ങളുമുണ്ട് ഇതൊക്കെ ശരിയാകുന്നു കരുതാവുന്ന ഭാഗങ്ങളുമുണ്ട് പക്ഷെ ഇവിടെ അതല്ല ഇവിടെ പരമാർത്ഥം ആ പരമാർത്ഥത്തിനോട് ഒരു സന്ധ്യം ചെയ്യാൻ തയ്യാറാണ് ആധ്യാത്മികമായ മാർഗം എന്ന് പറയുന്നു ആ പരമാർത്ഥത്തെ ബോധിക്കുക ആ പരമാർത്ഥത്തെ ബോധിക്കുന്നതിനുള്ള മനനം അല്ലാതെ അതുമാകാം ഇതുമാകാം മറ്റതുമാകാം അങ്ങനെയൊന്നും ഇവിടെ അംഗീകരിക്കുന്നില്ല യഥാത്മകം പ്രാകുത്രി വർത്തമാന ഉപാസന ഉപാസനാശ്രിതോ ധർമ്മോ ഈ സാധകന്മാരെല്ലാം ഇങ്ങനെ അധഃപ്പതിച്ചിരിക്കുന്നു എന്നാ ഇവിടെ പറയുന്നു മോക്ഷത്തെ ആഗ്രഹിക്കുന്നവർക്കെല്ലാം അതഃപ്പതിനെ സംഭവിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നു ഈ പരമമായ തത്വത്തിന്റെ വെളിച്ചത്തിൽ നോക്കുമ്പോ എല്ലാ സാധകന്മാരും അതപ്പതിച്ചു പോയിരിക്കുന്നു എന്നാണ് ക്ഷുദ്ര ബ്രഹ്മവിത്ത് എന്നാണ് പറയുന്നത് അറിഞ്ഞാൽ അതപ്പതിച്ചു ഒന്ന് മലയാളത്തിൽ ക്ഷുദ്ര ബ്രഹ്മവിത്ത് എന്ന് പറഞ്ഞാൽ അധപ്പതിച്ച സാധകൻ എന്നാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പരമാർത്ഥവൻ മനസ്സിലായിക്കഴിഞ്ഞു താൻ നിത്യനാണ് അജനാണ് തന്റെ സ്വരൂപം ഇന്നതാണ് എന്നെല്ലാം വ്യക്തമായി ധരിച്ച് ആത്മാവിന്റെ മഹത്വമെല്ലാം ബോധിച്ചിട്ടും അതിനനുസരിച്ചുള്ള ഒരു മനനത്തെ അവൻ സ്വീകരിക്കുന്നില്ല അത് ബോധിച്ചിട്ടും അതിനെ വിട്ടിട്ട് വാശിയോടുകൂടി മറ്റ് കാര്യങ്ങളും മുഴുകിയിരിക്കുന്ന സാധകൻ എന്നവിടെ പറയുന്നു സാധക അവരുടെ ഭാഷകാരം പറയുന്നത് ക്ഷുദ്രബ്രഹ്മിത് ഈ ബ്രഹ്മതത്വത്തെ മനസ്സിലാക്കിയിട്ടും ഇതവന് യാതൊരു പ്രയോജനവും ചെയ്യുന്നു വീണ്ടും ഈ സംസാരത്തിൽ നിന്ന് മോചിക്കുന്ന ഒരു സാധനയിൽ മുഴുവൻ അവന് കഴിയുന്നില്ല അവനെ കുറിച്ച് എന്താ പറയേണ്ടത് എന്താണ് അവൻ ശരിക്കും വീണ്ടും മനനത്തിൽ ഇടപെടുന്നില്ല യഥാത്മകം എങ്ങനെയാണ് അവൻ അറിഞ്ഞിരിക്കുന്നത് ഞാൻ പരമാർത്ഥത്തിന് ശ്രുതി ബോധിപ്പിച്ച ആ സത്യം തന്നെയാണ് ഞാൻ ജനിക്കുന്നതിന് ഇപ്പൊ സത്യമായി ഇനി മരണശേഷം ഞാൻ ആ സത്യത്തെ തന്നെ പ്രാപിക്കും ആ പരമാർത്ഥം അജമാണ് ജനിക്കാത്തതാണ് പ്രാഗൃത്പത്യം പക്ഷെ ഇതാനും ജാഥ പക്ഷെ ജനിച്ചു പോയി ഒന്നും അവന്റെ സങ്കല്പം കൊണ്ട് ഞാൻ ഈ സംസാരത്തിൽ പെട്ടുപോയി ജാതെ ബ്രഹ്മിജർത്തമാനഹ ഞാനീ എന്റെ സങ്കല്പ സൃഷ്ടിയായിരിക്കുന്ന ബ്രഹ്മത്തെ ആശ്രയിച്ച് കഴിയുന്നവനാണ് ഉപാസനയാ പുനഃതൈവ പ്രതിപേ ഞാനീ ഉപാസനയിലൂടെ അതിനെ പ്രാപിക്കും തന്റെ അജ്ഞാനത്തെ ദൂരീകരിക്കാൻ ശ്രമിക്കാതെ തന്റെ അജ്ഞാനത്തിൽ നിന്നുകൊണ്ട് തന്റെ അജ്ഞാനത്തിനനുസരിച്ചുള്ള സാധനങ്ങളിലൂടെ പരമാർത്ഥത്തെ പ്രാപിക്കുമെന്ന് അവൻ കരുതുന്നു നിത്യവും ഉപാസനാശ്രിതോ ധർമ്മ സാധക അങ്ങനെയായിപ്പോയി സാധകൻ ഉപാസനാശ്രിതനായിപ്പോയി അവന് പരമാർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാതെ മറ്റ് ധ്യാനമാർഗങ്ങളിലും മറ്റും അവൻ മുഴുകിയിരിക്കുന്നുവെന്നാണ് എന്ന് പറയുമ്പോ അവിടെ യാതൊരു ദൈവവും ഇവിടെ കാണിക്കുന്നില്ല പരിഹേനവില്ല ഭാഷകാരനും പറയുന്നു ഏനൈവം ക്ഷുദ്ര ബ്രഹ്മവിത്ത് എന്തുകൊണ്ട് പറയുന്നു ഇവനൊരു ക്ഷുദ്ര ബ്രഹ്മവിത്താണോ നമ്മൾ പറയാനുള്ള ഇവനൊരു ക്ഷുദ്രജീവിയാണ് പറയുന്നു അല്പമായി ബോധത്തിൽ നിന്നുകൊണ്ടവൻ മോക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു അല്പമായ സാധനങ്ങളിൽ പിന്നെ ഏർപ്പെട്ടിരിക്കുന്നു ഇവിടെ ചർച്ച ചെയ്യുന്ന ആ തത്വത്തിന്റെ നിലയിൽ നിന്ന് നോക്കുമ്പോൾ ബാക്കിയുള്ള സാധനാ മാർഗ്ഗങ്ങളെല്ലാം വളരെ അല്പമാണ് ക്ഷുദ്രമാണ് ഒരാൾ പറയുകയാണ് എനിക്കതിൽ നിന്നും മാറാൻ കഴിയുന്നില്ല കഴിയുന്നില്ലെങ്കിൽ അത് തന്നെ തുടരുക അത് ശരിയോ തെറ്റോ എന്ന് അതിന്റെ തലത്തിൽ നിന്നുകൊണ്ടെന്നവിടെ പറയുന്നു അത് പ്രത്യേക ശ്രദ്ധയിൽ നമ്മൾ നിൽക്കുന്ന തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയോ തെറ്റോ ഇന്നത് ശരി ഇന്നത് തെറ്റ് നമ്മളെ ബോധിപ്പിക്കുകയല്ല പരമാർത്ഥമായൊരു തത്വത്തെ ബോധിപ്പിച്ചിട്ട് ആ തത്വത്തിന്റെ നിരയിൽ നിന്നുകൊണ്ട് പറയുകയാണ് നിങ്ങൾ ചെയ്യുന്നതൊക്കെ ആ സംബന്ധമാണ് വന്നിട്ട് ഇഷ്ടപ്പെട്ടാലും ശരി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി ഇവിടെ ആചാര്യൻ പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നു ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല തന്നെ മോശക്കാരനാണെന്നും മറ്റൊരാള് പറയുന്നത് അത് സ്വയം നമ്മൾ അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യമുണ്ട് പക്ഷെ ആചാര്യനൂടെ പരമാർത്ഥം പറഞ്ഞേ പറ്റും അതുകൊണ്ട് പറയുന്നു ക്ഷുദ്ര ബ്രഹ്മബുദ്ധി അസൗ കാരണേന കൃപണുദ്ധീനോ അല്പകഹ അതുകൊണ്ട് തന്നെ ഈ പരമാർത്ഥത്തെ ബോധിച്ചിട്ടും ആ പരമാർത്ഥത്തിനനുസരിച്ചുള്ള മനനം ചെയ്യാതെ തന്റെ സങ്കല്പത്തിനനുസരിച്ച് ഉപാസനകളിൽ ദേവത ഉപാസനകളിലും മറ്റും മുഴുകിയിരിക്കുന്നവൻ അക്കാരണം കൊണ്ടുതന്നെ അവൻ കൃപണനാണ് അവൻ ഡീനനാണ് അൽപകർ അവൻ മഹാമോശക്കാരനാണ് എന്ന് പറയുന്നു ആധ്യാത്മികമായി ഈ തരത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഓരോ സാധകനും അവനവന്റെ നിലയിൽ നിന്നുകൊണ്ട് താൻ ചെയ്യുന്നത് ശരിയാണ് താൻ സഞ്ചരിക്കുന്ന മാർഗം ആണ് ഉത്തമം എന്നെല്ലാം ചിന്തിക്കുന്നതിനും വിശ്വസിക്കുന്നതിനും പറയുന്നത് അവനവന്റെ നിലയിൽ നിന്നിത് ചിന്തിക്കരുത് ഇവിടെ പറയുന്ന ഒരു മഹത്വമായ ഒരു തത്വത്തെ ഇവിടെ ബോധിപ്പിക്കുകയാണ് ആ മഹത്തായ തത്വത്തെ ബോധിപ്പിക്കുന്നതിനുള്ള സാധനം നിർദ്ദേശിക്കുകയാണ് ഈ തത്വം മഹത്താണ് എന്നൊരു പിന്നെ ബോധിച്ചു കഴിഞ്ഞു പക്ഷെ അവിടെ നിർദ്ദേശിക്കുന്ന സാധനയെ സ്വീകരിക്കുന്നു ആ ഒരു നീ ദീനനാണ് കൃപണനാണ് ഈ തത്വത്തെ ബോധിച്ചിട്ട് എന്തുകൊണ്ടും ആ തത്വത്തിനനുസാരിയായ ഒരു സാധനയും നീ വരുന്നില്ല വീണ്ടും നീ അല്പബുദ്ധിയായി അവിവേകിയായി മറ്റ് സാധനമാർഗങ്ങളിൽ എന്തിനു പോകുന്നു ഇക്കാര്യം ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്ന ഭാഷകാരം പറയുന്നത് സ്മൃത നിത്യ അജ ബ്രഹ്മദർശി നിത്യവും അജവുമായിരിക്കുന്ന ആ തത്വത്തെ ദർശിക്കുന്ന ആചാര്യന്മാരുടെ അഭിപ്രായമാണത് തന്റെ അഭിപ്രായമാണെന്നും പറയുന്നില്ല ഭാഷ്യകാരം അവരുടെ അഭിപ്രായമാണോ അതുകൊണ്ട് ജീവന്മാർ ഉപാസതേ ഉപംശത്തില് പറഞ്ഞിട്ടുണ്ടല്ലോ ഉപാസദേ ഉപാസിക്കുന്നൊന്നും അല്ല ഇതൊന്നും നിന്നെ പരമാർത്ഥത്തെ ഇല്ല ഇതല്ല ശ്രുതി ബോധിപ്പിക്കുന്നതല്ല നീ ഉപാസിക്കുന്നത് എന്നാണ് പറഞ്ഞതിനു മുമ്പ് ശ്രുതി പരമാർത്ഥത്തെ ബോധിപ്പിച്ച് ഇത് ബോധിപ്പിക്കുന്ന ആരോട് ഉപാസകനോടാണ് നിരന്തരം പരമാർത്ഥമാണെന്ന് പറ കരുതി മറ്റെന്തിനെയെങ്കിലും ധ്യാനിക്കുന്നവനോടാണ് പറയുന്നത് ശ്രുതി നിന്നോടിതല്ല ബോധിപ്പിക്കുന്നു അല്ലെങ്കിൽ നീ ഇപ്പോ എന്താണോ ഉപാധിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ല പരമാർത്ഥം യഥാജാനം ഈ നാഭിതെ വാക്കുകൊണ്ട് കഴിയാത്തതും വാക്കിന് ശക്തി കൊടുക്കുന്നതും വാക്ക് നിലനിൽക്കുന്ന എന്തിനെ ആശ്രയിച്ചിട്ടാണോ കണ്ണു നിലനിൽക്കുന്ന എന്തിനെ ആശ്രയിച്ചിട്ടാണോ ചെവി നിലനിൽക്കുന്ന ഏതിനെ ആശ്രയിച്ചിട്ടാണോ ഇങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളെ കുറിച്ചും പറയുന്നു സർവ ഇന്ദ്രിയ പ്രവർത്തനങ്ങൾക്കും ആധാരമായിരിക്കുന്ന ആ പരമാർത്ഥ തത്വം നിത്യവും അജവുമായിരിക്കുന്ന ആ പരമാർത്ഥ തത്വം അതിനെ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ അറിഞ്ഞു തന്നെ മനനം ചെയ്യുക ഉപാസിക്കുക ഉപാസനക്ക് മനനമെന്നർത്ഥം അതാകാം അതല്ലാതെ നിന്റെ സങ്കല്പത്തിനനുസരിച്ച് ശ്രുതിസമ്മതമല്ലാത്ത രീതിയിൽ ഏതെങ്കിലും രൂപങ്ങളെ നീ മനസ്സുകൊണ്ട് സൃഷ്ടിച്ചിട്ട് അതിനെയാണ് നീ ഉപാസിക്കുന്നതെങ്കിൽ അതല്ല ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന അതല്ല ഉപദേശിക്കുന്നത് അത് പരമാർത്ഥമല്ല ഇത് ശ്രുതിയിലും പറഞ്ഞിട്ടുണ്ട് ഇത്യാദി ശ്രുദേഹേ തലവകാരാണ് തലവകാര കേനുപൻഷത്തിലാണ് അതുകൊണ്ട് ഇവിടെ എന്താണ് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് ശ്രുതി ബോധിപ്പിക്കുന്നത് പരമാർത്ഥത്തെ ആ പരമാർത്ഥത്തെ ഒരു ശ്രോതാവ് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പരമാർത്ഥത്തിനനുസരിച്ച മാർഗത്തിൽ തന്നെ മുമ്പോട്ട് നീങ്ങണം ബോധിച്ചെങ്കിൽ ബോധിച്ചില്ലെങ്കിൽ നിവൃത്തി പിന്നെ പരമാർത്ഥമല്ലാത്ത കാര്യങ്ങളെ ഉപാസിച്ച് ക്ഷുദ്ര ഉപാസകനാകരുത് എന്നുള്ളവർക്ക് വേണ്ടിട്ടാണ് മണ്ഡുവയ്ക്കു പറയുന്നത് മറ്റ് ഉപാസകന്മാര് സാധകന്മാര് മറ്റുള്ളവർക്ക് എങ്ങനെ ദൈവതോപാസനകളിൽ മറ്റും മൊഴിയിരിക്കുന്നവരുണ്ടല്ലോ അത് ഇതും തമ്മില് വിരോധം വരത്തില്ലേ ഇല്ല ഇത് തത്വത്തെ ഗ്രഹിക്കാൻ കഴിയുള്ള ഒരാൾ അതിൽ നിന്നും വീണ്ടും വ്യതിചലിക്കാനും അതപ്പതിക്കാനും ഇടാ വരാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ് ആ തത്വത്തെ ഗ്രഹിക്കാനോ അതിനനുസരിച്ച് സാധനം ചെയ്യാൻ കഴിയാത്തവന് പിന്നെ അവനവന്റെ നിലനിൽ അനുസരിച്ച് ചെയ്യാം അത് മറ്റൊരു വിഷയമാണ് അതാകാം പക്ഷെ തത്വത്തെ ഗ്രഹിച്ച് അതിനനുസരിച്ച് ഒരു സാധനയിലേക്ക് കടന്നവൻ പിന്നെ അവിടെ നിന്ന് അതപ്പതിക്കരുത് അവന് വീണ്ടും ഒരു ക്ഷുദ്ര സാധകനായി മാറരുത് അതാണ് ഇവിടെ ബോധിപ്പിക്കുന്നത് യാതൊരു വിട്ടുവീഴ്ചയ്ക്ക് ഇവിടെ തയ്യാറില്ല എന്നാണ് കാരണം ഇത്രയും പരവമായ ഒരു തത്വത്തെ ഇത്രയും വ്യക്തമായി ബോധിപ്പിച്ചിട്ട് പിന്നെ മറ്റൊന്നും ചെയ്യാൻ മറ്റെന്തെങ്കിലും ഒരു സാധനയിലേക്ക് പോകാൻ ഇവിടെ അനുവാദം കൊടുക്കുന്നില്ല അത്രയും എന്താണോ ബോധിച്ചോ അതിനനുസരിച്ച് തന്നെ മനനം ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണോ ഇതുകൊണ്ട് ഇവിടെ ബോധിപ്പിക്കുന്ന ഇവിടെ എന്തിനാണ് ബോധിപ്പിക്കുന്നത് തുര്യനെ ആ തുര്യനെ ബോധിപ്പിക്കുമ്പോൾ ഒരാൾ ആ തുരിയ തത്വത്തെ ആൾ ബുദ്ധി കൊണ്ട് ഗ്രഹിച്ചാൽ അവിടെ മനസ്സുകൊണ്ട് ഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിന്റെ മനനമല്ലാതെ അയാൾക്ക് മറ്റൊരു സാധനവും ആവശ്യമില്ല എന്നാണ് പറയുന്നത് അത് അത് മനസ്സിലായില്ലെങ്കിൽ ഗ്രഹിച്ചില്ലെങ്കിൽ പിന്നെ മറ്റെന്തുമാവാം അങ്ങനെ ഒരു ഉത്തമമായ സാധന ഇവിടെ നിർദ്ദേശിക്കുന്നത് ഉപാസനാശ്രിതോ ധർമ്മോ जादे ുത്തെ സൗ കൃപണസ്മൃത അതോ വക്ഷ്യമ്യകാർപ്പം അചാതിസമതാണേ കി സബാഹ്യഭ്യന്തരം അജം ആത്മാനം പ്രതിപത്ത അവിദ്യയാത്മാനം മനുമാന ജാദോഹം ജാതെ ബ്രഹ്മു വർ തദുപാസനശ്രസ്രഹ്മ പ്രതിപീവ പ്രതിപന്നണോ യമാ അകാർപ്പണ്യം ആകർപ്പണഭാവം അജം ബ്രഹ്മ ഇവിടെ പറയുന്നെന്താണോ ആ തത്വത്തെ ശരിയായ രീതിയിൽ ബോധിക്കാതിരിക്കുന്നതാണ് ഇവിടുത്തെ തകരാറ് സാധകന് വരുന്ന തകരാറ് ഒരുവൻ എന്തുകൊണ്ട് ആ തത്വചിന്തനം വിട്ടിട്ട് മറ്റ് സാധനമാർഗങ്ങളിലേക്ക് പോകുന്നു ഈ കാരണം തത്വത്തെ അവനു ശരിക്ക് ബോധിക്കാൻ കഴിയാത്തതന്നെ ശ്രുതി എങ്ങനെയാണോ ബോധിപ്പിക്കുന്ന ആ രീതിയിൽ അവന് ഗ്രഹിക്കാൻ കഴിയുന്നില്ല അവനതിന് തൃപ്തനുണ്ട് അവൻ കരുതുന്നതെന്താണോ ഇതൊന്നുമല്ല ശരിയായ മാർഗം മറ്റ് മന്ത്രോപാസനകളിലും മന്ത്രജപങ്ങളിലും മറ്റ് ധ്യാനമാർഗങ്ങളിലും യോഗമാർഗങ്ങളിലൊക്കെ അവൻ പ്രവർത്തിക്കുകയാണ് എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്ന തത്വത്തെ അവൻ ബോധിക്കുന്നില്ല തത്വത്തെ ശ്രവിച്ചിട്ടും ബോധിക്കുന്നില്ല ശ്രുതി തത്വത്തെ ബോധിപ്പിച്ചിട്ടും അവൻ ബോധിക്കുന്നില്ല ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെന്താ അവൻ പരമാർത്ഥ മാർഗത്തിലേക്ക് വരുന്നില്ലല്ലോ പരമാർത്ഥ മാർഗത്തിൽ വരാൻ വേണ്ടി പിന്നെ ഒരുപാട് എന്താണോ വീണ്ടും ഇവനെ ഈ തത്വത്തെ ബോധിപ്പിക്കുക അതാണ് വീണ്ടും ചെയ്യുന്നതെന്നാണ് വീണ്ടും വീണ്ടും അത് തന്നെ ശക്തമായി ആവശ്യപ്പെട്ടു ഈ പരമാർത്ഥം എന്തെന്ന് ബോധിക്കുക അത് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് മറ്റ് ക്ഷുദ്ര സാധനങ്ങളൊന്നും ഏർപ്പെടാനും ഒക്കെ പരമാർത്ഥം ശരിയായി ബോധിപ്പിക്കാൻ വേണ്ടി വീണ്ടും ശ്രമിക്കുന്ന ഇവിടെ പറയുന്നത് ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതുവരെ നിർത്തിയില്ല എന്ന് നമ്മൾ ചോദി പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞുണ്ടോ ഇത് അവസാനിപ്പിച്ചുകൂടെ പറയുന്നു പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞെങ്കിലും അത് കേൾക്കേണ്ട രീതി കേൾക്കുന്നില്ല ബോധിക്കേണ്ട രീതി ബോധിക്കുന്നില്ല പിന്നീട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല വീണ്ടും പഴയ രീതിയിൽ തന്നെ പോകുന്നുണ്ട് വീണ്ടും ഇതിനെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് സബാഹ്യാഭ്യന്തരം അജം ആത്മാനം പ്രതിപത്തും അശക്തനുവൻ ഈ തത്വത്തെ ശ്രുതിബോധിക്കുന്ന രീതിയിൽ അവനങ്ങോട്ട് ബോധിക്കാൻ പറ്റുന്നില്ല ആവർത്തിച്ചാവർത്തിച്ച് കേട്ടിട്ടും അത് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല നമ്മുടെ ഭാഷയിൽ പറഞ്ഞു പറയുന്നൊക്കെ വലിയ തത്വമാണെന്ന് തോന്നുന്നുണ്ട് പക്ഷെ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പലരും പറയും പ്രതിപത്തും അശക്തിനുവൻ അവന് ശേഷി വരുന്നില്ല എന്നർത്ഥം അവന്റെ ശേഷിക്കുറവ് തന്നെയാണ് ശരിയായത് ബോധിക്കുന്നതിന് ശക്തി വരുന്നില്ല പല കാരണങ്ങളുണ്ടും അറിവ് കുറഞ്ഞതുകൊണ്ടാകാം ചെറുപ്പം അറിവ് കൂടിയത് കൊണ്ടാകാം ബുദ്ധി കുറഞ്ഞാലും ബോധിക്കത്തില്ല ബുദ്ധി കൂടിയാലും ബോധിക്കത്തില്ല കഴിവ് കുറഞ്ഞാലും ബോധിക്കത്തില്ല കഴിവ് കൂടിയാലും ബോധിക്കത്തില്ല എന്തുവാകാം ഇതിന് കാരണം അവിദ്യയാ ദീനം അതിനൊരു സമാധാനൊന്നാണ് അവിദ്യവനെ മോഹിപ്പിച്ചിരിക്കുന്നു പരമാർത്ഥത്തെ ബോധിപ്പിച്ചിട്ടും അവിദ്യവനെ കൂടുതൽ മോഹിപ്പിച്ചിരിക്കുന്നു ആ ബോധത്തെ കീഴ്പ്പെടുത്തുന്ന അവിവേകമാണ് അവനിരിക്കുന്നു അവിദ്യയാ ദീനം ആത്മാനം മന്യുമാനഹ അവൻ തന്നെ പരമാർത്ഥത്തെ തന്നെ അവൻ മനസ്സിലാക്കുന്നതെങ്ങനെ വിദ്യക്ക് കീഴ്പെട്ടതായി പലരും സ്വയം പറയാറുണ്ടല്ലോ എനിക്ക് കഴിവില്ല എനിക്ക് ബോധിക്കുന്നില്ല എനിക്ക് വിവേകമില്ല ഞാൻ അറിവില്ലാത്തവനാണ് എന്നെല്ലാം പരമാത്മാവിനെയാണ് പരമാത്മാവിന്റെ മേലിനാണ് ഈ ആരോ ഗണങ്ങളെല്ലാം ചുമത്തുന്നത് ഞാനിതിന് പ്രാപ്തനല്ല ഞാനൊന്നു പറയുന്ന പറയുന്നത് ഇതിന് പ്രാപ്തനല്ല എനിക്കിത് പറ്റിയതല്ല എനിക്കും മാർഗത്തിൽ സഞ്ചരിക്കാൻ കഴിയത്തില്ല എന്ന് പരമാത്മാവിനെ ധരിച്ചിരിക്കുന്നവൻ ദീനം ആത്മാനം എന്ന് പറയും ദീനനായി സ്വസ്വരൂപത്തെ കാണുന്നു ഇവിടെ എന്താണ് തുര്യനെല്ലാം ഇതെല്ലാം ഈ ആരോപണങ്ങളെല്ലാം ചുമത്തുന്നു സ്വയം പ്രകാശിക്കുന്ന തുര്യനെ കുറിച്ച് അവൻ തന്നെ കൽപ്പിക്കുകയാണ് എന്താണ് ഞാൻ അല്പനാണ് അവിവേകിയാണ് അജ്ഞനാണ് അശക്തനാണ് എന്ന് കരുതുന്നു എന്ന് കരുതിയാലെന്തി പറയുന്നു അങ്ങനെ അല്ല എന്നാണ് ബോധിപ്പിക്കുന്നത് നീ സ്വയം പ്രകാശിക്കുന്ന ആത്മസ്വരൂപമാണെന്ന് ബോധിപ്പിച്ചാൽ ഒരാൾ പറയുന്നു ഞാൻ ദീനനാണ് ഞാൻ ശേഷിയില്ലാത്തവനാണ് ഇന്ന് ഒന്നീ മന്യുമാനം ജാദോഹം ജാതി ബ്രഹ്മണി വർത്തേ ഞാൻ ജനിച്ചുപോയി തന്റെ സങ്കല്പം കൊണ്ട് ജനിച്ചുപോയി ജാതി ബ്രഹ്മണി വർത്തൈ തന്റെ തന്നെ സങ്കല്പം കൊണ്ട് സൃഷ്ടിച്ച ആ ബ്രഹ്മത്തിൽ താൻ വർദ്ധിക്കുന്നു ശ്രുതിബോധിപ്പിച്ച പരമാർത്ഥത്തിലല്ല അത് ഉപാസനാ ശ്രദ്ധ അതുകൊണ്ട് അതിനേക്ക് ഉപാസിക്കുന്നു കരിബ്രഹ്മത്തെ ഉപാസിക്കുന്നു എന്ന് പറയുമ്പോൾ തന്റെ മനസ്സുകൊണ്ട് സൃഷ്ടിച്ചതിനെ താൻ ഉപാസിക്കുന്നു പരമാർത്ഥത്തെയല്ല അങ്ങനെ അങ്ങനെ ഇതെല്ലാം വളരെ കാലം ഞാൻ അനുഷ്ഠിച്ച് അനുഷ്ഠിച്ച് ജന്മജന്മങ്ങൾ കൊണ്ട് സൻ ബ്രഹ്മപ്രതിപദ്ധ്യെ ഒടുവിലാസത്യത്തെ ഞാൻ പ്രാപിക്കും തൽക്കാലം അതിന് ഞാൻ തയ്യാറല്ല തൽക്കാലം ഞാൻ ഇതെല്ലാം ഈ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകാനേ കഴിയൂ എന്ന് എന്താണോ അജവും അജമായിരിക്കുന്ന ആത്മാവിനെ അങ്ങനെ ബോധിച്ചിരിക്കുന്നു നിത്യവും പ്രതിപന്ന അങ്ങനെ ്രാന്തിക്ക് അടിമപ്പെട്ടവൻ സാധകനെ കുറിച്ചൂടെ പറയണം കഴിഞ്ഞയുടെ താല്പര്യം പറയണം ധർമ്മ എന്ന് വെച്ച സാധകനാണ് ഇങ്ങനെ ധരിച്ചവൻ കൃപണഭവതി അവനാണ് കൃപണൻ അർപ്പൻ ദീനൻ യസ്മാധോ വക്ഷ്യാമി കാർപ്പണ്യം അകർപണഭാവും അജം ബ്രഹ്മ അതുകൊണ്ട് അവനെ തന്നെ ഇവിടെ ബോധിപ്പിക്കുന്നു എന്നാ പറയുന്നത് ആരാണോ തന്നെ കുറിച്ച് ദുർബലനാണ് പോരാത്തവനാണ് എനിക്ക് ആത്മമനനം ചെയ്യാൻ കഴിയില്ല എന്റെ ഭാവനയ്ക്കനുസരിച്ചുള്ള കാര്യങ്ങളെ ചെയ്യാൻ കഴിയൂ എന്നെല്ലാം ബോധിച്ചിരിക്കുന്ന അവനെ തന്നെ വീണ്ടും ബോധിപ്പിക്കുകയാണ് എന്തായാലും അവനത് ശ്രവണത്തിന് തയ്യാറായത് തത്വത്തെ ശ്രവിക്കാൻ അവൻ അവനെ തന്നെ ബോധിപ്പിക്കുന്നു എന്താണ് അവനെ ബോധിപ്പിക്കുന്നത് ആ അകാർപുണ്യം ആകർപ്പണഭാവം മജം ബ്രഹ്മ പറയുന്നു ഞാൻ അജ്ഞനാണ് അവിവേകിയാണ് എന്നവൻ പറയുന്നു അവനെ തന്നെ ബോധിപ്പിക്കുന്നു എന്താണ് അവന്റെ അവിവേകമില്ലാത്ത അജ്ഞാനമില്ലാത്ത പരമമായ ഭാവത്തെ വീണ്ടും അവനെ ബോധിപ്പിക്കുന്നു തദ്ധി പറയുന്നു നിന്നിൽ തന്നെ ആ കാർപ്പിണ്യഭാവം ഈ ദീനതയില്ലാത്ത ഭാവത്തിലാണ് ഈ ദീനത നിൽക്കുന്നത് ദീനത ഇരിക്കുന്നത് ആ ദീനതയില്ലാത്ത ഭാവത്തിലാണെന്ന് നീ മനസ്സിലാക്കിയാൽ മതി അതാണ് ഇതിനെ ഒഴിവാക്കാനുള്ള ഒരുപായം തദ്ധി കാർപ്പിണ്യ ആസ്പദം ഞാൻ അജ്ഞനാണെന്ന് ഒരു പറയുമ്പോൾ അജ്ഞതയില്ലാത്ത തന്നിലാണ് താൻ അജ്ഞാനത്തെ കുറിച്ച് പറയുന്നത് ദൈന്യതയില്ലാത്ത തന്നിലാണ് താൻ ദൈന്യതയുണ്ടെന്ന് കരുതുന്നത് ഇത് നിന്നിൽ തന്നെയാണ് നിന്റെ സ്വരൂപത്തിലാണിത് ആ സ്വരൂപത്തിൽ ഇതില്ല എന്ന് വീണ്ടും ബോധിപ്പിക്കുന്നു എങ്ങനെ ശ്രുതി ബോധിപ്പിക്കുക ഇത്രാദി തൽ മധ്യം അസത്യം കോചാരംഭണം വികാരവും നാമധേയം ഇത്യാദി ശ്രദ്ധിക്കും ശ്രുതി ഇങ്ങനെ നിരന്തരം ബോധിക്കുകയാണ് നിന്റെ ദൈന്യതയെ രിപ്പിടം എന്ന് പറയുന്നതാണ് നീ അതാണ് സത്യം അതിനെ കാണാതെ വീണ്ടും ഈ ദൈന്യതയെ കുറിച്ച് പറയുന്ന എന്തിനാ എത്ര അന്യന്യ പശ്ചി അന്യോന്യ ഈ വ്യവഹാരങ്ങളെ കുറിച്ച് പറയുന്നു കാണുകയും കേൾക്കുകയും മണക്കുകയും രുചിക്കുകയും എല്ലാം ചെയ്യുന്ന വ്യവഹാരങ്ങൾ സർവത്തെ അറിയുന്ന ഈ വ്യവഹാരങ്ങൾ ഈ വ്യവഹാരതലം എന്ന് പറയുന്നത് ഇത് അല്പമാണോ ഈ വ്യവഹാര തലത്ത് വിടാതെ ഈ വ്യവഹാര തലത്തെ ആശ്രയിച്ചു കൊണ്ടാണ് നീ പലതിനെ ഉപാസിക്കുകയും ധ്യാനിക്കുകയും യജിക്കുകയെല്ലാം ചെയ്യുന്നത് മർത്യം ഇതെല്ലാം നിശ്ചിപോകുന്നതാണ് അസത്യം ഇതൊന്നും പരമാർത്ഥമല്ല ഇതെന്നെല്ലാം ആശ്രയമായിരിക്കുന്നതാണ് പരമാർത്ഥം ആ പരമാർത്ഥത്തെ ബോധിക്കുക ആ പരമാർത്ഥത്തെക്കുറിച്ച് മന്നം ചെയ്യുക അല്ലാതെ നിന്റെ അൽപതയെക്കുറിച്ച് നാശത്തെക്കുറിച്ച് അസത്യത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ട് എന്താ കാര്യം അതിനെ ആശ്രയിച്ചുള്ള ഉപാസനങ്ങളെല്ലാം ചെയ്തിട്ടെന്താ വിശേഷം അനിക്ക് കഴിയുന്നില്ല പറയുന്നത് ആ കഴിയുന്നില്ല എന്ന് ഇവിടെ ദീനത എന്ന് പറയുന്നു നിന്റെ കഴിവില്ലായ്മ എവിടെയായിരിക്കുന്നത് അതാണ് പരമാർത്ഥം അത് ബോധിക്കാനാ പറയുന്നത് നിന്റെ കഴിവില്ലായ്മ ഇരിക്കുന്ന ആ പരമാർത്ഥം അതിനെ മനനം ചെയ്യുക എന്നാണ് കഴിവില്ലായ്മയെക്കുറിച്ച് മനനം ചെയ്തിട്ട് എന്താ കാര്യം എന്നും അങ്ങനെ ഇരിക്കാനേ പറ്റും തന്റെ ദൈന്യതയെക്കുറിച്ചാണ് താൻ ചിന്തിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും തന്റെ ദൈന്യതയ്ക്കനുസരിച്ചുള്ള സാധനമാർഗങ്ങൾ അതുകൊണ്ടെന്താ പ്രയോജനം അപ്പൊ തന്റെ ദൈന്യതയെ ദൂരീകരിക്കുന്ന പരമാർത്ഥത്തെ ബോധിപ്പിച്ചാൽ ശ്രുതി ബോധിപ്പിക്കുന്നതനുസരിച്ച് ഒരുവൻ ബോധിച്ചാൽ പിന്നെ അതിനനുസരിച്ചുള്ള മനനം ചെയ്യണം അതെന്താണ് താൻ ആ സത്യമാണ് താൻ പരമാർത്ഥമാണോ താൻ അമർത്ഥ്യമാണോ എന്ന തരത്തിൽ തന്നെ കുറിച്ച് മനനം ചെയ്യണമെന്നാണ് തന്റെ ഇന്നുള്ള ഈ ചിന്തകൾക്കൊക്കെ വിപരീതമാണത് അതാണ് അജം അകാർപുണ് എന്താണോ ഇന്നുള്ള നിന്റെ ചിന്തകൾ താൻ ദുർബലനാണ് അജ്ഞനാണ് ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾക്ക് വിപരീതമായിരിക്കുന്ന സബാഹ്യാഭ്യന്തരം ആയിരിക്കുന്ന അജമായിരിക്കുന്ന അകാർപണ്യമായിരിക്കുന്നു യാതൊരു ദൈന്യതയും ഇല്ലാത്തതായ ഭൂമാഖ്യം സർവവ്യാപിയായിരിക്കുന്ന പരബ്രഹ്മസ്വരൂപമാണ് നീ എന്ന് മനനം ചെയ്യുക ആ മനനമാണ് സാധന എന്ന് പറയുന്നത് അതാണ് ഇവിടുത്തെ ധ്യാനം ഉപാസന യത്പ്രാപ്യ വിദ്യാകൃത സർവകാർപ്പണ്യ നിവൃത്തിയം വക്ഷ്യാമി യത് പ്രാപ്യ ആ പരമാർത്ഥബോധത്തിൽ നീ ഉറച്ചാൽ ആ പരമാർത്ഥബോധം സ്വാനുഭവമായി വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന എന്നാലേ ഇതൊക്കെ നശിക്കത്തുള്ളൂ ഈ കാർപ്പുണ്യഭാവവും ഈ ദൈന്യഭാവവും ഈ ദൈന്യഭാവത്തെ സ്വീകരിച്ചുകൊണ്ടുള്ള ഈ ഉപാസനകളും എല്ലാം അതുകൊണ്ടേ നശിക്കത്തുള്ളൂ യുപ്രാപ്തി വിദ്യാകൃത സർവകാർപ്പുണ്യം നിവൃത്തി നിന്റെ മോഹം കൊണ്ട് സംഭവിച്ചിരിക്കുന്ന ഈ സർവദൈന്യതകളും നിവർത്തിക്കുന്നത് അവിടെയുള്ളൂ അല്ലാതെ മറ്റ് ഉപാസനകളിലും മറ്റ് സമ്പ്രദായങ്ങളിലും എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ടുള്ള പരമാർത്ഥബോധത്തെ കൂടാതെ അവിവേകത്തെ നിലനിർത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു സാധനാ മാർഗങ്ങളും അവന് പരവമായ ശാന്തി കൊടുക്കത്തില്ല എന്നാണ് അതുകൊണ്ട് ശ്രുതി എന്താ ബോധിപ്പിക്കുന്നത് നമ്മുടെ ഈ വർത്തമാന അനുഭവത്തിന് ആധാരമായിരിക്കുന്ന തത് അകാർപണ്യം ആ ദൈന്യഭാവങ്ങളൊന്നുമില്ലാത്ത പരബ്രഹ്മത്തെ അതിനും ബോധിപ്പിക്കുന്നു അതോ പക്ഷ്യാമി അകാർപണ്യം ഇതാണ് ശ്രുതി അതുകൊണ്ട് അകാർപണ്യഭാവത്തെ ബോധിപ്പിക്കുന്നു എന്നാണ് ശ്രുതി പറയുന്നത് കാർപ്പണ്യത്തിന് ഭേദം ദുരിതമൊന്നും ആ അദ്വൈതത്തിൽ വരുന്ന എല്ലാ ദൈന്യതകളെന്നും അർത്ഥമുണ്ട് അപ്പൊ അതിനെല്ലാം ഒന്ന് പഠിപ്പിക്കുന്ന പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നു തത് അജാതി അവിദ്യമാന അജാതിരഹസ്യ അത് ജന്മമില്ലാത്തതാണ് ഉണ്ടായി നശിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതിന്റെ ദൈന്യതയും ദൌർബല്യങ്ങളുമെല്ലാം അതങ്ങനെയുള്ളതല്ല അതാണതിന് അജാതി എന്ന് പറയുന്നത് ജന്മമില്ലാത്തതാണത് സമതാംഗതം സർവസാമ്യംഗതം അത് സർവസാമ്യമാണ് സർവത്തിന് ഏകരൂപത്തിലിരിക്കുന്നതാണ് സർവധർമാതീതമാണത് കസ്മാ അവയോ വൈഷമ്യഭാവ അതിനംശങ്ങളില്ല നമ്മൾ അംശങ്ങൾ ഉള്ളതിനായി നമ്മൾ തത്വമായി ഗ്രഹിക്കുന്നത് അംശങ്ങളുള്ളതിനാണ് ഭാഗങ്ങളുള്ളതിനാണ് നമ്മൾ ധ്യാനിക്കുന്നത് ഉപാസിക്കുന്നത് അതിനെക്കുറിച്ചാണ് മനനം ചെയ്യുന്നത് ഇതങ്ങനെയുള്ളതല്ല അവയവ വൈഷമ്യങ്ങൾ ഇല്ലാത്തതാണ് അവയവത്തിന്റെ ഏറ്റക്കുറച്ചനുകളില്ലാത്തതാണ് അവയവങ്ങൾക്ക് ദൃഢതയുണ്ടെങ്കിൽ അവയവയ്ക്ക് ദൃഢതയുള്ളത് അവയവങ്ങൾ ദുർബലമായാൽ അവയവി ദുർബലമാകും ഈ തരത്തിലാണ് സർവസംഘാതങ്ങളും പ്രപഞ്ചത്തിൽ അനുഭവപ്പെടുന്ന സർവ്വതും ഉള്ളിലും പുറമെയോ അനുഭവപ്പെടുന്ന സർവ്വതും അവയവും വൈഷമ്യമുള്ളതാണ് അവിടെ വരും അതിനെ ധ്യാനിക്കുന്നവനും അതുപോലെയുള്ള ഏറ്റക്കുറച്ചിലുകൾ വരും ശാന്തി വരും പിന്നെ അശാന്തി വരും സുഖം വരും ദുഃഖം വരും സ്വസ്ഥത വരും അസ്വസ്ഥത വരും അതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും അതുകൊണ്ടെന്ത് ചെയ്യുന്നു സമതാംഗതും സർവ്വസാമ്യമായിരിക്കുന്ന പരമാർത്ഥ തത്വത്തെ മനസ്സിന് നിലനിർത്തിയാൽ അവിടെ ഈ ഏറ്റ കുറച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ അവയവ വൈഷമ്യം കൊണ്ടുവരുന്ന പ്രശ്നങ്ങളൊന്നുമില്ല സാവതയിൽ ജനിക്കുകയും നശിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോ നമ്മുടെ മുമ്പിൽ കാണുന്നതെന്ന് വിചാരിക്കുന്നു നമ്മുടെ പുറമേ കാണുന്നതും നമ്മുടെ ഉള്ളി കാണുന്നതും മനസ്സും നമ്മുടെ വികാര വിചാരങ്ങളും നമ്മുടെ ധ്യേയമായിരിക്കുന്നു നമ്മുടെ സാധനകളും സർവ്വതും എന്താണ് സാവയവുമാണ് അംശങ്ങളോടുകൂടിയതാണ് പൂർണ്ണമല്ല അവയവീഹി വൈഷമ്യം വച്ചത് അത് അവയവങ്ങളെ കൊണ്ടത് ശിഥിലമാകുന്നു എന്ന് പറയുമ്പം വസ്തുക്കളുടെ ശിഥിലതയോ അതിന്റെ ദാർഢ്യത്തെക്കുറിച്ച് പറയുന്നത് നമ്മുടെ തന്നെ ആന്തരികമായ ഭാവങ്ങൾ അതിന്റെ ശിഥിലതയെക്കുറിച്ച് പറയുകയാണ് നമ്മുടെ തന്നെ ആന്തരികമായ ഭാവങ്ങൾ ഈ അവയവികളിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അംശങ്ങളോടുകൂടിയിരിക്കുന്നവയിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് തന്നെ നമ്മുടെ മനസ്സും ശിഥിലമാകും അവിടെ ആത്യന്തികമായ നിരോധമൊന്നും സംഭവിക്കത്തില്ല വൈഷമ്യം വെച്ച് അവയവങ്ങളെക്കൊണ്ട് വിരുദ്ധഭാവങ്ങളെ പ്രാപിക്കുന്നതല്ല നശിക്കുന്നു ഇതം തുരവയത്വ സമതാംഗതം ഇവിടെ ബോധിപ്പിക്കുന്ന എന്താണ് നിരവുമായിരിക്കുന്ന ഏകസ്വഭാവത്തിനുള്ള പരമാർത്ഥമാണ് ഏക സ്വഭാവത്തിലുള്ള പരമാർത്ഥത്തെ അത് ഏകസ്വഭാവത്തിലുള്ള ആണെന്ന് ബോധിച്ച് അതിനെ മനനം ചെയ്യുന്നവനും ഏക സ്വഭാവത്തിൽ തന്നെ അവന് മാത്രമേ ഏക സ്വഭാവത്തിൽ ഇരിക്കാൻ പറ്റൂ അതൊഴികെ ബാക്കി സർവ്വതാണ് വൈഷമ്യം ഉള്ളതാണ് ആ വൈഷമ്യമുള്ള വസ്തുക്കളെ ധ്യാനിക്കുന്നവനും അവനും വൈഷമ്യത്തിനെ തുടരാൻ പറ്റൂ അതാണല്ലോ ഇവിടെ ബ്രഹ്മത്തെക്കുറിച്ച് ബോധിപ്പിക്കുമ്പോൾ അവന് സ്വസ്ഥം ശാന്തം നിരവധ്യം നിരവയവും ഈ തരത്തിലാണ് അതിനെ ബോധിപ്പിക്കുന്നത് മനസ്സിൽ അത്തരത്തിലുള്ള ഭാവനകളാണ് നിൽക്കുന്നതെങ്കിൽ അവന്റെ മനസ്സും അതുപോലെ തന്നെ മറിച്ചാണെങ്കിൽ ആ മനസ്സ് ശിഥിലമായി പോകും മറ്റൊന്നിനും മനസ്സിനെ അങ്ങനെ ശാന്തിയിൽ നിലനിർത്താൻ ശേഷിയില്ല ഇതം തൊന് നിരവയവ സമതാം ജതമിതി അവയവേഹി സ്ഫുടതി അതോ അജാതി അകാർപണ്യം അംശങ്ങളിലൂടെ വെളിപ്പെടുന്ന ഒന്നല്ല ഈ പരമാർത്ഥത്വം സ്ഫുടതി പ്രകാശിക്കുന്നത് അവയവേഹി അംശങ്ങളിലൂടെ നിങ്ങളുടെ അവയവങ്ങളിലൂടെ അംശങ്ങളിലൂടെ പ്രകടമാകുന്നതിനാണ് നിങ്ങൾ ഉപാസിക്കുന്നത് ധ്യാനിക്കുന്നു ഇതങ്ങനെയല്ല സമതം ഏകരൂപത്തിലുള്ളത് സമതാംഗതം അതിനൂടെ വ്യാഖ്യാനിക്കുന്നു പരമാർത്ഥതം ഏകരൂപത്തിലുള്ളതാണ് നിങ്ങൾ ഉപാസിക്കുന്നത് നാനാരൂപത്തിലുള്ളതാണ് നാനാരൂപങ്ങളിലും ഭാവങ്ങളിലുമൊക്കെയുള്ള വസ്തുക്കളെയാണ് ഉപാസിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്ന എന്താണത് നിങ്ങളുടെ മനസ്സിൽ സ്ഫുടിക്കുകയെന്ന് വെച്ചാൽ പ്രകടമാകുക അഭിവ്യഞ്ജിക്കുക നിങ്ങളേതെങ്കിലും രൂപങ്ങളെ ഭാവങ്ങളെ വസ്തുക്കളെയൊക്കെ ധ്യാനിച്ചു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും രൂപഭാവങ്ങളോടുകൂടി നിങ്ങളുടെ മനസ്സിൽ പ്രകാശിക്കുന്ന പരമാർത്ഥ തത്വവും അങ്ങനെയല്ല അത് അജാതിയാണ് അകാർപണ്യമാണ് മറിച്ചാണെങ്കിലോ അവയവഭാവങ്ങളോടുകൂടി രൂപഭാവങ്ങളോടുകൂടി നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും പ്രകടമായാൽ നിങ്ങളുടെ മനസ്സും അതുപോലെ തന്നെയാവും അതിനനുസരിച്ച് തന്നെ അത് ദൈന്യതയെ പ്രാപിക്കും ചിലപ്പോൾ സന്തോഷത്തെ പ്രാപിക്കും ഇതൊന്നും മനസ്സിന് കൊടുക്കത്തില്ല അതുകൊണ്ട് പറയുന്നു സമന്ത സമന്ത സമതാംഗതം യഥാന ജായുതെ ജായമാനം സമന്ത ഈ പരമാർത്ഥതം നിങ്ങൾ ധ്യാനിക്കുന്ന വസ്തുക്കളെപ്പോലെ അവയവ രൂപത്തിൽ പ്രകടമാകുന്നതല്ല ഏതെങ്കിലും ഒരു രൂപഭാവങ്ങളിലൂടെ അത് പ്രകടമാകുന്നതല്ല എന്ന ഗിഞ്ചിത് അല്പമിനസ് കൊടുത്തി പരമാർത്ഥം നമ്മളെന്ത് ചെയ്യുന്നു നമ്മുടെ സങ്കല്പങ്ങൾ കൊണ്ട് രൂപഭാവങ്ങളെ സൃഷ്ടിച്ച് അതിനെ ധ്യാനിക്കുന്നു ആ രൂപഭാവങ്ങൾ ശിഥിലമാണ് നമ്മുടെ സങ്കല്പങ്ങൾ ശിഥിലമാണ് പക്ഷെ ശ്രുതി പരമാർത്ഥത്തെ അങ്ങനെയല്ല ബോധിപ്പിക്കുന്നത് ആ ബോധിപ്പിക്കുന്ന തരത്തിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ ആഗ്രഹിച്ചുകൊണ്ടാണ് എങ്ങനെ ചോദിക്കുന്നത് ബാക്കി നിങ്ങളുടെ സങ്കല്പ രൂപങ്ങളെല്ലാം എന്താണ് അത് മായാമയമാണ് അവിദ്യാകൃത ദൃഷ്ടിയ ജായമാനം അവിദ്യാകൃത ദൃഷ്ടി കൊണ്ടാണ് നിങ്ങൾ ഉപാസിക്കുന്നത് അവിദ്യാമയമായ കണ്ണുകൊണ്ടാണ് മായാമയമായ കണ്ണുകൊണ്ടാണ് നിങ്ങൾ കാണുന്നത് മായാമയമായ മനസ്സുകൊണ്ടാണ് നിങ്ങൾ ധ്യാനിക്കുന്നത് മായാരൂപങ്ങളെയാണ് ധ്യാനിക്കുന്നത് ഏനപ്രകാരണ നജായതേ സർവദോ അജമേവ ബ്രഹ്മഭൂതി തഥാ തത് പ്രകാരം അതുകൊണ്ട് ഈ സൃഷ്ടി ചിന്തകൾ സൃഷ്ടികൽപ്പനകൾ ജന്യമായ വിഷയങ്ങളെക്കുറിച്ചുള്ള ജന്യമായ കൽപ്പനകൾ അതൊക്കെ ഉപേക്ഷിക്കാനാണ് പറയുന്നത് ഏനപ്രകാരേന ജായതേ അ ജനിക്കാത്ത വസ്തു പരമാർത്ഥരൂപം സർവതോ അജമേവ ബ്രഹ്മഭവതി അജമായിരിക്കുക അതെങ്ങനെയാണ് അതിന്റെ സ്വരൂപം എന്താണ് തഥാ തം പ്രകാരം അതിനെ ബോധിക്കുക ഇവിടെ പറയുന്ന എന്താണ് അത് മാത്രം ബോധിച്ചാൽ മതി മറ്റൊന്നും ബോധിക്കേണ്ട കാര്യമില്ല നല്ല വാശിയാണ് ഞാൻ അതിനെ ബോധിക്കത്തില്ല എനിക്കത് ബോധിക്കുന്നില്ല എന്നാണെങ്കിൽ നിങ്ങളുടെ മനസ്സിന് ശിഥിലമാകും എന്നാ പറയുക നിങ്ങളെല്ലാം ഈ ദൈന്യഭാവം ഒരിക്കലും വിലത്തില്ല അത് ഓരോരുത്തരും ചിന്തിക്കുമ്പോൾ മനസ്സിലാകും നമ്മൾ എത്രമാത്രം ദൈന്യഭാവമാണ് ഇരിക്കുന്നത് നമ്മൾ എത്രമാത്രം അശക്തന്മാരാണ് എത്രമാത്രം അശാന്തന്മാരാണ് എത്രമാത്രം അസ്വസ്ഥമാണ് അതിനിടെ ആചാര്യം പറയുന്ന എന്താണോ നിങ്ങളുടെ ഭാവനകളിലെല്ലാം അതാണ് നിങ്ങളുടെ ഉപാസനകളിലതാണ് നിങ്ങളുടെ അജമായ ഭാവത്തെയല്ല നിങ്ങൾ ധ്യാനിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ദൈന്യനായിരിക്കുന്നു അതുകൊണ്ട് വീണ്ടും പറയുന്നു ശ്രോതാവിന്റെ പ്രശ്നങ്ങളെയൊക്കെ മനസ്സിലാക്കിയിട്ട് പറയുകയാണ് ആ അജമായ ഭാവത്തെ തന്നെ ബോധിപ്പിക്കാം അതിനെ തന്നെ ധ്യാനിക്കാം അതല്ലാതെ ഇവിടെ ഈ ആചാര്യൻ വേറൊരു മാർഗത്തെയും നിർദ്ദേശിക്കുന്നില്ല താൻ നിർദ്ദേശിക്കുന്ന മാർഗത്തിൽ നിന്ന് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറുമല്ല ഇത് മാത്രമേ പരമാർത്ഥ നിഷ്ഠയ്ക്ക് ഉപകരിക്കൂ എന്നുള്ള നിലപാടിലാണ് അങ്ങനെ പറയാനെന്താണ് കാരണം ഈ ശ്രോതാവിന്റെ അനുഭവത്തെ മുൻനിർത്തി ചിന്തിക്കാൻ ആവശ്യപ്പെടുകയാണ് നിങ്ങൾ ഈ നാനാ രൂപഭാവങ്ങളെ ധ്യാനിച്ചിട്ട് നിങ്ങളുടെ ദൈന്യതയിൽ നിന്നും നിങ്ങൾക്ക് മോചനം ഉണ്ടായോ അതുണ്ടായില്ലെങ്കിൽ പിന്നെ അത് തുടങ്ങിട്ടെന്താ കാര്യം എന്നാ ചോദിക്കുന്നു നമ്മുടെ അനുഭവത്തി ഒന്നും കൊണ്ടാ ചോദിക്കും നിങ്ങളുടെ ജിജ്ഞാസക്കെന്തെങ്കിലും ശമനം ഉണ്ടായോ ഉണ്ടാകുന്നില്ലല്ലോ നിങ്ങളുടെ ദൈന്യതയ്ക്കെന്തെങ്കിലും മാറ്റം സംഭവിച്ചോ അത് സംഭവിച്ചിട്ടില്ലല്ലോ തുടങ്ങിയതടുത്ത് തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് പറയുന്നു പരമാർത്ഥത്തെ വീണ്ടും ബോധിപ്പിക്കുന്നു ഈ പരമാർത്ഥത്തെ ബോധിച്ചിട്ട് ഈ പരമാർത്ഥത്തെ ധ്യാനിക്കുക ബാക്കിയെല്ലാം വിടുക എന്നാണ് ഇവിടെ ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് മാഡ്യക്യുപംശത്ത് നമുക്കിപ്പോ വേണ്ടി പറഞ്ഞുകൊണ്ടാണ് ഇവിടെ പറയുന്നത് പലപ്പോഴും നമുക്ക് ദഹിക്കുന്ന കാര്യം അജാതിസമദാ ജയമാനം സമന്ത് ആത്മാകരിവോദിത ഘടാദി വാതത്തെർ മനനത്തിലൂടെ ഇത് ബോധിക്കാൻ ആവശ്യപ്പെടുകയാണ് ശ്രവണത്തിലൂടെ ബോധിക്കാത്ത അല്ലെങ്കിൽ ശ്രവണത്തിൽ ബോധിച്ചവർക്ക് സംശയം ശേഷിക്കുന്നുണ്ടെങ്കിൽ അംവ്യക്തകളുണ്ട് അതായത് അജ്ഞാനം ഉണ്ടെങ്കിൽ ഇനി ശ്രവണത്തിലെന്തെങ്കിലും തലതിരിഞ്ഞാണ് ധരിച്ചിട്ടുള്ളത് പറയുന്നു പരമാർത്ഥത്തെ ബോധിപ്പിക്കാം അജാതി ബ്രഹ്മ അജാതിയായ ബ്രഹ്മത്തെ ബോധിപ്പിക്കാം എങ്ങനെയുള്ളത് ഈ ദൈന്യതയില്ലാത്ത ദൈന്യതയില്ലാത്ത എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രഹ്മത്തിൽ ദൈന്യത എന്തായാലും ഇല്ലല്ലോ ദൈന്യത ഇരിക്കുന്നത് മനസ്സിലാണ് ഇവിടെ എന്തൊക്കെ ഉപാസന ചെയ്തിട്ടും മനസ്സിന്റെ ഈ ദൈന്യത മാറുന്നുണ്ട് മനസ്സിന്റെ ഈ ദൈന്യത മാറുന്ന എന്ത് ഈ ദൈന്യത അതുകൊണ്ടാണ് ഉപാസിക്ക ഉപാസ്യ വസ്തുക്കളിലെല്ലാം നമ്മൾ ദൈന്യതയെ കൽപ്പിച്ചിട്ടാണ് ഉപാസിക്കുന്നത് നാമരൂപങ്ങളെയാണ് ഉപാസിക്കുന്നത് നാമരൂപങ്ങളെന്ന് പറയുമ്പോൾ അതിൽ ദൈന്യത കത്തിച്ചിരിക്കുന്നു ദൈന്യത ഇല്ലാത്തത് അദ്വൈമായ ഭാവത്തിൽ മാത്രമേ ഉള്ളൂ സത്യത്തിൽ പരമാർത്ഥത്തിൽ മാത്രമേ ആ ദൈന്യതയില്ലാതെയുള്ളൂ നമ്മൾ ഉപാസിക്കുന്ന ഒന്നിനെയും പരമാർത്ഥമായി കണ്ട് ധ്യാനിക്കുന്നില്ല ചിന്തിക്കുന്നില്ല അതുകൊണ്ട് ആ കർപ്പണ്യശൂന്യമായിരിക്കുന്ന പരമതത്വത്തെ ഞാൻ പറയാം യുപ്രതിജ്ഞാതം എന്തിനു വേണ്ടി മനനം ചെയ്യുന്നതിനു വേണ്ടി സിർത്ഥം ആ മനനം ശരിയാകുന്നതിന് വേണ്ടി ശരിയായ രീതി മനനം ചെയ്യണമല്ലോ പറയുന്നയാൾ ശരിയായ രീതി ബോധിപ്പിച്ചാൽ പോരാ കേൾക്കുന്നയാള് ശരിയായ രീതി ധരിക്കണം എന്നാല് ശരിയായ രീതിയിൽ മനനം സാധ്യമാകും ഹേതും ദൃഷ്ടാന്ത പക്ഷിയാണ് അതിനുള്ള ഹേതുക്കൾ ഇതിൽ ദൈന്യം അല്പവുമില്ല എന്നുവെച്ചാൽ നിന്റെ സ്വരൂപത്തിൽ ദൈന്യമില്ല അതാണ് ഇവിടെ ബോധിപ്പിക്കുന്നത് അന്യമായ ഏതെങ്കിലും ഒരു വസ്തുധൈന്യതയില്ല എന്നുള്ളതാണ് മറ്റേതെങ്കിലും ഒരു ഉപാസനയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ തന്നിൽ നിന്ന് അന്യമായ ഒന്നിനെയാണ് ഉപാസിക്കുന്നത് തന്റെ മനസ്സിൽ കാണുന്ന രൂപത്തെ തന്റെ സങ്കല്പം കൊണ്ട് സൃഷ്ടിച്ച ഭാവങ്ങളെയാണ് ഉപാസിക്കുന്നത് ഇവിടെ അങ്ങനെയല്ല പറയുന്നു ആത്മാനം നിന്റെ സ്വരൂപത്തെ നിന്റെ സ്വരൂപത്തിൽ എങ്ങനെ ദൈന്യതയില്ലാത്തതിന്റെ സ്വരൂപത്തെ യാതൊരു തരത്തിലുള്ള ദ്വൈതവും ഇല്ലാത്ത ദ്വൈതഭാവങ്ങളും ഇല്ലാത്ത ആ സ്വരൂപത്തെ അത് മനണത്തിൽ ഹേതുവും ദൃഷ്ടാന്തവും യുക്തിയിലൂടെ അത് ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹേതു എത്ര ബോധിപ്പിച്ചാലും വ്യക്തമാകുന്നില്ല അവ്യക്തമാകുന്നതിനാണ് ദൃഷ്ടാന്തം അഭ്യക്തതയെ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എപ്പോഴും നിഷ്ട്രാ പറയുന്നത് പാമരന്മാരോട് ഉപമകളിലൂടെ സംസാരിക്കണം എന്നാണ് സാധാരണ പറയുന്നത് ഉപമകളില്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കാര്യം യഥാർത്ഥത്തെ യഥാർത്ഥമായിട്ട് തന്നെ ധരിക്കത്തി ഉപമകൾക്ക് ദോഷമുണ്ട് പാമരന്മാരോട് ഉപമകളിലൂടെ സംസാരിക്കണമെന്ന് പറയുന്നതനുസരിച്ച് ഉപമ പറഞ്ഞു കഴിഞ്ഞാൽ പാമരന്മാരെന്തെയും ഈ ഉപമകളെ ദൃഷ്ടാന്തങ്ങളെ സ്വന്തം അവിവേകത്തിനനുസരിച്ച് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കണം അങ്ങനെ ഒരു ദോഷ അനാർത്ഥം ദൃഷ്ടാന്തങ്ങളുടെ സാങ്കത്യം മനസ്സിലാക്കാതെ എന്തിനു വേണ്ടിയാണത് പറഞ്ഞത് ആ ദൃഷ്ടാന്തത്തിൽ നിന്ന് ഏത് തത്വത്തെയാണ് ഗ്രഹിക്കേണ്ടതെന്ന് മനസ്സിലാക്കാതെ അവനവന്റെ മനസ്സിൽ തോന്നുന്ന തത്വങ്ങളെ അധികം നിഗ്രഹിച്ചു കളയും അതതിന്റെ ഒരു ദോഷമാണ് എന്നാലും അതല്ലാതെ വരെ ഉപായമില്ല അതുകൊണ്ടാണ് ദൃഷ്ടാന്തം പറയുന്നത് അപ്പോൾ തത്വബോധനത്തിന് ദൃഷ്ടാന്തങ്ങളെ അവലംബിക്കരുത് എന്നാണ് മുഖ്യമായ നിലപാട് ശാസ്ത്രത്തിന്റെ നിലപാട് കാരണം ദൃഷ്ടാന്തത്തിലൂടെ നമ്മൾ വിശദീകരിക്കുമ്പോൾ ആ തത്വത്തിന് കുറച്ച് താഴ്ത്തിക്കൊണ്ടുവരേണ്ടി വരും ആ തത്വത്തെ യഥാർത്ഥമായും ബോധിപ്പിക്കാൻ പറ്റത്തില്ല യഥാർത്ഥമായി ബോധിപ്പിക്കണമെങ്കിൽ ആ ദൃഷ്ടാന്തത്തെ ഒഴിവാക്കിയാലേ പറ്റൂ കാരണം അതിന്റെ പൂർണതയെ അപൂർണമാക്കി ആണ് ദൃഷ്ടാന്തത്തിലൂടെ അതിനെ വെളിപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് കേൾക്കുന്നവന് തന്റെ ഇഷ്ടം പോലെ അതിനെ വ്യാഖ്യാനിക്കാൻ അവസരം കിട്ടുന്നത് അപ്പോൾ പരമാർത്ഥത്തെ പരമാർത്ഥമായി ബോധിപ്പിച്ചിരിക്കുന്നതാണ് ആദ്യം ഇതാണ് അവിടെ ദൃഷ്ടാന്തങ്ങളൊന്നുമില്ല പക്ഷെ പാമരനെ അത് ബോധിക്കുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം ദൃഷ്ടാന്തം വേണം ഉദാഹരണം വേണം ഇതുപോലെ എന്ന് പറഞ്ഞുകൊടുക്കണം അതിനുവേണ്ടി അതും പറയുന്നു എന്നാണ് എന്താണ് ആത്മാ പരോഹി യസ്മാകാശവുദ് സൂക്ഷ്മോ നിരവ സർവകഥ തസ്മാദ് ആകാശവു ഘടാ ആത്മാവ് അതിന്റെ യഥാർത്ഥ സ്വരൂപം എന്നുവെച്ചാൽ നിന്റെ യഥാർത്ഥ സ്വരൂപം ആത്മാവെന്ന് പറയുന്നു നീ എന്ന് പറയുന്നതിന് പേര് ഉപയോഗിക്കുന്ന ശബ്ദമാണ് യഥാർത്ഥ സ്വരൂപം ആകാശവത് സൂക്ഷ്മ അത് ആകാശത്തെ പോലെ സൂക്ഷ്മമാണ് നിന്റെ കൽപ്പനകളിലൂടെ നീ ധ്യാനിക്കുന്ന ദൈന്യമായ ഭാവങ്ങളൊന്നുമല്ല ഇന്നിരവയവമാണ് ഇന്നിന്റെ സ്വരൂപത്തിൽ അവയവങ്ങളില്ല നീ ധ്യാനിക്കുന്ന വസ്തുക്കളിലെല്ലാം അവയവങ്ങളുണ്ട് അംശങ്ങളുണ്ട് അതാണല്ലോ നീ ധ്യാനിക്കുന്നത് ഒരു ദേവതയെ തന്നെ ധ്യാനിക്കുന്നെങ്കിൽ നീ ഒന്നും അതിന് കണ്ണും മൂക്കും കൈയും കാലുമെല്ലാം കല്പിക്കുന്നു കൽപ്പിച്ചിട്ടല്ലേ നിന്റെ സ്വരൂപമാണ് നീ ധ്യാനിക്കേണ്ടത് ആ സ്വരൂപം എന്താണ് നിരവയവമാണ് അവിടെ അംശങ്ങളില്ല സർവഗതമാണ് സർവവ്യാപിയാണെന്ന് എന്തുകൊണ്ട് പറയുന്നു നീ ധ്യാനിക്കുന്ന വസ്തുവിന് നീ ഒരു പീഠത്തിൽ പ്രതിഷ്ഠിച്ചിട്ടാണ് ധ്യാനിക്കുന്നത് അതിനു സ്ഥാനം കൽപ്പിക്കുന്നു ഒരു സ്ഥാനമില്ലാത്തതിന് സ്ഥാനം കൽപ്പിക്കുന്നു സർവവ്യാപിയായിരിക്കുന്നതിന് സ്ഥാനം കൽപ്പിക്കുന്നു അതാണ് ദൈന്യം എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് സർവഗതനാണ് സർവവ്യാപിയാണ് അതുകൊണ്ടാണ് ദൃഷ്ടാന്തം പറയുന്ന ആകാശത്തെ പോലെ പക്ഷെ ജീവൻ എന്താണോ ഘടാകാശം പോലെയാണ് പാത്രത്തിന്റെ ഉള്ളിലാകാശം പോലെയാണ് അജീവന്റെ സ്ഥിതി ഇപ്പോ വന്നിരിക്കുന്നത് അജീവന്റെ തന്നെ പരമാർത്ഥം മഹാകാശം പോലെയാണെങ്കിലും ആ ജീവൻ തന്റെ ഭാവത്തെ ഇപ്പോ ധരിക്കുന്നെങ്ങനെ പാത്രത്തിനുള്ളിൽ ആകാശം പോലെ വാസ്തവത്തിൽ രണ്ടു വന്നു തന്നെ ഒരു വ്യത്യാസമില്ല എന്നാലും ആ പാത്രം എന്നുള്ള ഒരു ഉപാധിയെ കൊണ്ട് തന്നെ സ്വയം അവൻ പരിച്ഛന്നനാക്കിയിരിക്കുകയാണ് ആ പരിച്ഛന്ന ഭാവത്തിൽ നിന്നുകൊണ്ടാണ് അവൻ ധ്യാനിക്കുന്നത് ഉപാസിക്കുന്നത് സൈവ ആകാശമ ആരാണോ തന്നെ സ്വയം പരിച്ഛനായി ദൈന്യനായി കരുതുന്നത് അവൻ തന്നെയാണ് ആകാശസമനായിരിക്കുന്ന പരമമായ തത്വം അല്ലെങ്കിൽ പരമമായ തത്വം തന്നെയാണ് അവന്റെ സ്വരൂപം ഇതിനെ വിസ്മരിച്ചിട്ട് മറ്റുപാസന വേണത് മുഴുകുന്നത് അവന്റെ ദൈന്യതയെ കളയത്തില്ല എന്നാണ് ഇവിടെ പറയുന്നത് സൈവ ആകാശസമ പരാത്മ ഈ തത്വം തന്നെയാണ് നേരത്തെയും ബോധിപ്പിച്ചത് ഇവിടെ ഒരു വ്യത്യാസമേ ഉള്ളൂ ഘടാകാശം മഹാകാശം എന്ന് കഴിയുന്ന രണ്ട് ഉപമകളിലൂടെ ദൃഷ്ടാന്തങ്ങളിലൂടെ ഒന്നുകൂടെ തന്നെ വിശദമാകുന്നു നിന്റെ ആ പരിച്ഛന്നമായ ഭാവത്തെ നിന്റെ സങ്കല്പങ്ങൾ കൊണ്ടുവന്ന ഭാവത്തെ ഉപേക്ഷിക്കുക പരമാത്മഭാവത്തെ ധ്യാനിക്കുക അതാണ് ഇവിടെ ആവശ്യപ്പെടുന്നത് അതാണ് ഉപമയിൽ ഇവിടെ വെളിപ്പെടുത്താമെന്ന് ഇവിടെ പറഞ്ഞത്